അതിനും പിറകിൽ ബുദ്ധനെ വേണോ കൃഷ്ണനെ വേണോ രാമനെ വേണോ നബിയെ വേണോ മുഹമ്മദിനെ വേണോ ആരെ വേണം ക്രിസ്തുവിനെ വേണോ നമുക്കതിനെ ആവാഹിക്കാൻ സാധിക്കുന്നവരെയാണ് അപ്പൊ അവരൊന്നും ഇല്ലാതെയാ വിദ്യ അതുകൊണ്ട് ഈ കല മനസ്സിലാക്കി വെക്കുക തുടർന്ന് പറയുന്നു തം വിദ്യ ദുഃഖ സംയോഗ വിയോഗം യോഗ സംതം സ നിശ്ചയേന യോക്തവ്യ യോഗ അനിർവിണചേതസ ദുഃഖ സംയോഗവിയോഗം ദുഃഖ സംയോഗിയോഗം എന്ന് പറഞ്ഞാൽ ദുഃഖം സംയോഗമായിട്ട് പിന്നീട് വിയോഗം ദുഃഖ സംയോഗം ദുഃഖ ബന്ധം വേർപെട്ടിട്ടുള്ള അപ്പൊ മുമ്പ് മുൻപ് ദുഃഖം ഉണ്ടായിരുന്നു ഇവയോ ദുഃഖമില്ല കാരണം എന്താണ് അറിയാം തനിക്ക് താൻ അറിഞ്ഞു കാര്യം മനസ്സിലാക്കി അപ്പൊ മുൻപ് താൻ ദുഃഖിയായിരുന്നു അതെ അന്ന് അതിന് കാരണം എന്താണ് തനിക്കറിവില്ലായിരുന്നു ഒരിക്കലും ഒരു രാജാവ് ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് സാക്ഷാത്കാരം വേണം എന്ന് പറഞ്ഞു സത്യം പറയണമെന്ന് പറഞ്ഞു ഗുരു രാജാവെന്ന് പറഞ്ഞ കഥയിൽ പറയുന്നത് മന്ത്രി എന്നാണ് സ്വാമി കഥ കഥ പോലെ തന്നെ പറയാം ഒരിക്കലും ഒരു മന്ത്രി ഗുരുവിന്റെ അടുത്ത് ചെന്ന് സാക്ഷാത്കാരം വേണമെന്ന് പറഞ്ഞു ഗുരു പറഞ്ഞു ഒരു കാര്യം ചെയ്യും നോക്കിയപ്പം നല്ല മഴയുണ്ട് ഗുരു പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് പോയിട്ട് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു ആ മഴയത്ത് പോയി നിൽക്കാൻ പറഞ്ഞു ഞാനോ പുറത്ത് അതെ കൊടയൊന്നുമില്ല പോയി നിൽക്കാൻ പറഞ്ഞു പത്ത് മിനിറ്റ് നിന്നാ സാക്ഷാത്കാരം കിട്ടും അറിവ് കിട്ടുമോ വെളിപാട് കിട്ടുമോ ചോദിച്ചു കിട്ടും കിട്ടും പോകാൻ പറഞ്ഞു കാരണം ഗുരുക്കന്മാരുടെ രീതി പല രീതിയാണ് അപ്പൊ മന്ത്രി പോയിട്ട് മഴയെന്ന് ഇങ്ങനെ നിൽക്കുക അപ്പൊ ആരോ കണ്ടു ഇതും നമ്മുടെ മന്ത്രിയുണ്ട് എന്തു പറ്റി ഇദ്ദേഹത്തിന് എന്നെ മറ്റ് പലരും നോക്കി ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് വലിയൊരു ജനാവധി മന്ത്രിക്ക് എന്ത് പറ്റി അപ്പൊ ഇദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നുണ്ട് ആൾക്കൂട്ടം വന്നപ്പോ കണ്ണടച്ചു ഇത് സഹിക്കാൻ പറ്റുന്നില്ല ആളുകൾ കൊടയൊക്കെ വെച്ച് അങ്ങനെ നിൽക്കുക എന്താ കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് പത്ത് മിനിറ്റ് ഒരു മണിക്കൂറ് പോലെയാണ് പോകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കിക്കൊണ്ടിരിക്കുക വാച്ച് നിന്നു പോയോന്ന് പോലും സംശയമായി നീങ്ങുന്നില്ല എന്ന് പറയും ജനങ്ങളാണെങ്കിൽ ചുറ്റും നിൽക്കുന്നുണ്ട് കണ്ണടച്ചു പിടിച്ചു എങ്ങനെയൊക്കെയോ നിന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ വേഗം അവിടെ നോടി ഗുരുവിന്റെ അടുത്തേക്ക് വന്നു വന്ന ഉടനെ ഗുരുവിനോട് പറഞ്ഞു അങ്ങ് എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് പറയും അപ്പൊ ഇതെന്ന് ചോദിച്ച എന്ത് അല്ല അങ് എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ എനിക്കൊരു വെളിപാടും വന്നിട്ടില്ല അവർ അങ്ങക്ക് മഴയെ മഴയത്ത് നിന്നപ്പോ എന്തു തോന്നി ഞാനൊരു പമ്പര വിഡിയണം തോന്നി പത്ത് മിനിറ്റ് കൊണ്ട് ഇത് വലിയൊരു വെളിപാടല്ലേ ഇതൊരു വലിയ വെളിപാടാണെന്ന് പറയുക താനൊരു പമ്പര വിട്ടിയാണ് മാത്രമല്ല ഞാനൊരു മരക്കഴുതിയാണെന്ന് എനിക്ക് ബോധ്യം ചെയ്യുന്ന പത്ത് മിനിറ്റ് ഇതൊരു വെളിപാടാണ് ദുഃഖ സംയോഗവിയോഗം തം ആ ദുഃഖബന്ധം വേർപെട്ടിട്ടുള്ള തം അതിനെ യോഗ സംജിതം ഇതി യോഗം എന്ന് പറയുന്നതെന്ന് വിദ്യാദ് അറിഞ്ഞുകൊള്ളണം അപ്പൊ യോഗം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ദുഃഖം നീങ്ങി ആ സദ്വസ്തുവുമായിട്ടുള്ള താതാത്മ്യത്തെ യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ച യുജരു സമാധ് യുജരുമേളനെ എന്നാണ് ധാതുവിന് അതാണെന്ന് നീ വിദ്യാത് അറിഞ്ഞാലും സ ആ യോഗം നിശ്ചയന നിശ്ചയന എന്ന് പറഞ്ഞാൽ ഉറപ്പുറ്റതായി ഒരു സംശയത്തിനും ഇടനൽകാത്ത വിധത്തിൽ അനിർവിണ്ണ ചേതസ ആ മനസ്സിൻ്റെ പൂർണ്ണമായ എന്താ പറയുക ഒരു സ്വീകാര്യ മനോഭാവത്തോട് കൂടിയിട്ട് എന്തുവേണം യോക്തവ്യ അഭ്യസിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അഭ്യസിക്കേണ്ടതാണ് അതിനെന്ത് വേണം ഒരു ഇവിടെ പറയുന്നത് ഭഗവാൻ ഒരു സമർപ്പണമാണ് എന്ന് പറയാം ഇതൊരു സമർപ്പണമാണ് ഈ സമർപ്പണത്തിലൂടെയാണ് ഇവിടെ യോഗം സംഭവിക്കുന്നത് യോഗം സംഭവിക്കുന്നത് ആ യോഗത്തെ എന്ത് നിശ്ചയന അത് മുറുകെ പിടിച്ചുകൂട അതായത് നമ്മുടെ ഇപ്പം അത് പറയുകയാണെങ്കിൽ ൾ പറയില്ലേ ഉൾക്കാമ്പ് മുതൽ ഉപരിതലം വരെ പൂർണ്ണമായ അറിവ് അതാണ് സമർപ്പണം ഭാഗികമായിട്ടല്ല ഒരാൾ ഒരാളുടെ മുൻപിൽ സമർപ്പിതനാകുന്നത് ബാഹ്യമായിട്ടായിരിക്കരുത് അത് തന്റെ അടി മുതൽ മുടി വരെ തന്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും സമർപ്പിക്കപ്പെടും എങ്ങനെയാണത് സമർപ്പിക്കപ്പെടുന്നത് സമർപ്പണം ഇവിടെ സ്വീകാര്യതയാണ് ഏതോ ഒന്ന് കടന്നു വരുന്ന സമയത്ത് മറ്റെല്ലാം ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് തമ്മിലുള്ളൊരു ചേർച്ചയാണത് അതാണ് സമർപ്പണം എന്ന് പറയാം വെറുതെ ബാഹ്യ ഈ സമർപ്പണത്തിന്റെ ഉദ്ദേശം തന്നെ എന്താ ബാഹ്യമായ സമർപ്പണം കാരണം തന്റെ പൂർണ്ണമായ അടിയറയാണ് ആ അഹങ്കാരത്തിൻ്റെ ഒരു നീങ്ങലാണ് അഹങ്കാരം അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിരാകരിക്കൽ എന്ന് പറയുമ്പോ എന്താ സംഭവിക്കുന്നത് എന്നറിയോ അഹങ്കാരം വർദ്ധിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ നിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോ നിരാകരിച്ചുകൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും അരുത് ചെയ്യരുത് എന്ന് കുട്ടികളോട് പറഞ്ഞു നോക്കൂ കുട്ടികൾക്ക് ചെയ്യും ഞാൻ ചെയ്യും നിങ്ങൾക്കെന്താ കുട്ടികൾ വെറുതെ നോക്കൂ നമ്മൾ എടുത്തു വന്നിട്ട് നിങ്ങൾ ഒന്ന് പരിശോധിച്ചോളൂ നാളെ അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ദിവസം കുട്ടികൾ വന്നിട്ട് ചോദിക്കാം അമ്മേ ഞാൻ കളിക്കാൻ പോട്ടെ ഒട്ടെ ഞാൻ നമുക്ക് എന്താ പറയാൻ തോന്നാം വേണ്ട ഞാൻ പോവും വേണ്ട എന്നല്ല എന്നോട് പറഞ്ഞു ഞാൻ പോവും കാരണം നമ്മുടെ അഹങ്കാരത്തെ വർദ്ധിപ്പി അഹങ്കാരത്തിന് ഏറ്റവും വളക്കൂറുള്ളത് ഈ അരുതുകളാണ് ഇവിടെ തുപ്പഴത് ആരായത് എഴുതി വെക്കാൻ അല്ലേ എന്നല്ല തോന്നുന്നു ഇവിടെ തുപ്പരുത് ഇവിടെ ഡാഷ് ഒഴിക്കരുത് ആഹാ അങ്ങനെ എന്ന് അത് തന്നെ കാര്യം അറിയാതെ അങ്ങോട്ട് വരിക എന്ത് എന്ത് നിഷേധമായി പറഞ്ഞു ഉടനെ അത് ചെയ്യണം ചെയ്യണം എന്നൊരു ഒരച്ഛനും മകനും കൂടെ ബസ്സിൽ യാത്ര ചെയ്യാം അച്ഛൻ മകനോട് പറയാ മോനെ കഴുത്തു പറത്തിടൂ തല പുറത്തിടും അല്ല തല പുറത്തിടു കൈ പുറത്തിടും മോനെ തല പുറത്തിട്ട് കൈ പുറത്തിട്ട് ഇറയിലിരിക്കുന്ന ആള് കേട്ടിട്ട് അത്ഭുതപ്പെട്ടു ഇതെന്തായത് ബസ്സുകളൊക്കെ ചീറി പറഞ്ഞു വരുമ്പോഴാണ് പറയണം എടാ കൈ പുറത്തിട്ട് മോനെ കൈ പുറത്തിട്ട് ഇവനാണെങ്കിൽ അനുസരിക്കുന്നേ ഇല്ല അച്ഛൻ അടുത്ത ആളോ എന്തായത് ഞാൻ കൈ പുറത്തിടരുത് പറഞ്ഞാൽ അപ്പൊ ഇവൻ തലയും എല്ലാം പുറത്തിട്ടു അതുകൊണ്ട് ഞാൻ ഇവനെ ഇങ്ങനെയപ്പ ട്രെയിൻ ചെയ്യുന്നത് എന്തരുത് എന്ന് പറഞ്ഞാൽ അതവൻ ചെയ്യും നമ്മൾക്ക് ഇഷ്ടമാണോ അരുത് എന്ന് കേൾക്കാൻ എന്തെങ്കിലും കാര്യം പക്ഷെ നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താ അരുത് അരുത് അത് പറയുന്നതിൻ്റെ ഒരു ശൈലിയൊക്കെ ഉണ്ട് അതുകൊണ്ട് അരുതുകൾ അല്ല ഇവിടെ പിന്നെയോ സ്വീകരണം ആയിക്കോളുകൂട്ട കളിക്കണം കുറച്ചോ മോൻ കളിക്കാൻ പോയിക്കോളൂ എപ്പോഴാണ് മോൻ വരിക അപ്പം അവൻ ചോദിക്കുക എപ്പോഴാണ് വരേണ്ടത് മോൻ പറയും എപ്പോഴാണ് വരിക മോൻ മതിയും തോന്നുമ്പോൾ വേൻ വരും കേട്ടോ എന്നാ വേണ്ട അമ്മ വിളിച്ചോളൂ അപ്പം ഞാൻ വരാം എന്തൊരു സന്തോഷമായിട്ടുള്ള ഏർപ്പാടാണ് നിങ്ങൾ അഞ്ചു മിനിറ്റ് കൊണ്ട് വിളിച്ചാൽ അവൻ സന്തോഷമായിട്ട് ഇതിന് വളരെ നിങ്ങൾ കളിക്കാനും വിടുന്നില്ല അവൻ്റെ മനസ്സ് സ്വസ്ഥായിട്ടിരിക്കുകയോ നിങ്ങൾക്ക് ശാന്തി കിട്ടൂ അവൻ കളി വീട്ടിൽ തുറന്നു എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ആമി പറയുന്നത് കുട്ടികൾ കേൾക്കണ്ട നല്ല കാലം ഞാൻ ഇപ്പൊ തന്നെ അവിടെ അടക്കി ഇരുത്തിയിട്ട് പോന്നതാങ്ങട്ടല്ലേ കെട്ട പുസ്തകം കൊടുത്തിട്ടുണ്ട് അനങ്ങരുത് വിടുന്നു കെ ജി ക്ലാസ്സിലൊക്കെ നമ്മളൊരു സ്കൂളില് കുട്ടികളെ അഡ്രസ് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ ചെന്നു പ്രിൻസിപ്പലുടെ മുറിയിലിരുന്നു കുറച്ചു നേരം സംസാരിക്കുക എന്താ ആ സമയത്ത് പാവ ഈ കുട്ടികളെ നിരത്തി ഇരുത്തിയിട്ടുണ്ട് അവിടെ സ്വാമി വരുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ നേരത്തെ കുട്ടികളെ ഇരുത്തിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ വളരെ ഇതായിട്ട് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ചിടുംസുകളെല്ലാം ഒന്ന് ശരിക്ക് പാസ്സാക്കിയിട്ടുണ്ട് ഒന്ന് സത്യമായിട്ടുള്ള ഒരു കാര്യ നമ്മുടെ തന്നെ വിദ്യാലയത്തിലായിരുന്നു ചിന്നയാ വിദ്യാലയത്തില് വേറൊരു സ്ഥലത്ത് അപ്പം കുട്ടികൾക്കൊരു ഭയമാണ് അല്ലെങ്കിൽ അവരെ അങ്ങനെ ഇപ്പം ചിലപ്പോ ഒരു കുട്ടി ചോദിക്കും ടീച്ചറെ പിന്നെ ഒന്ന് ചോദിച്ചു പിന്നെ എല്ലാം ഓടും അതുകൊണ്ട് ടീച്ചർ അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അരുത് ഡോൺ ടു സുരേഷിനെ അറിയാലോ അല്ലേ അരുത് പരുത് എന്നത് നമുക്ക് എന്താണ് ഒരിക്കലും അത് നിറയാൻ നമ്മളെ അനുവദിക്കില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് എന്താ എവിടെയെങ്കിലും പോയി നമസ്കരിക്കണം തോന്നുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളെന്ന് പറയും വേണ്ട അരുത് അരുത് എന്നുള്ളത് അഹങ്കാരത്തിൻ്റെ അന്നമാണ് എന്ന് കരുതിക്കൊള്ളുക എന്ത് അഹങ്കാരത്തിന് നല്ല ബെസ്റ്റ് ഫുഡാണ് നല്ല വൈറ്റമിൻ എ ബി സി ചേർത്തതാണ് അരുത് അത അരുത് അരുത് നിരന്തരം പറഞ്ഞു കൊടുക്കുക സ്വീകരണമോ നാം സ്വീകരിക്കുന്നുവെങ്കിൽ എല്ലാറ്റിനെയും സ്വീകരിക്കുന്നുവെങ്കിൽ അഹന്തയുടെ വിനാശമാണ് സ്വീകരണം അഹന്തയുടെ പോയിസൺ ആണെന്ന് പറയാം വിഷമാണ് സ്വീകരണം അതുകൊണ്ട് അതാണ് കൃഷ്ണൻ്റെ വഴി അതാണ് സ്വീകരണം അതുകൊണ്ട് ഭഗവാൻ എല്ലാറ്റിനെയും സ്വീകരിക്കണം എല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതാണ് യുദ്ധക്കളത്തിലാണ് ഓക്കെ റെഡി ഗോപികളുടെ കൂടിയ റട്ടി എന്തിനും ഏതിനും മായാവിയായിട്ട് നിലകൊള്ളണോ കള്ളനാവണോ കൊള്ളക്കാരനാവണോ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ അതുകൊണ്ട് ഭഗവാൻ എല്ലാവരെയും സ്വീകരിക്കുന്നുമുണ്ട് എല്ലാവരും എല്ലാവരും ഒരാളെ ഒഴിയാതെ അതുകൊണ്ട് നമ്മളും ഈ നിഷേധം നിരാസം അരുത് അഹങ്കാരത്തിൻ്റെ വളക്കൂറുള്ള മണ്ണാണ് എന്നറിയ അതുപോലെ സ്വീകരണമാണ് നമ്മെ എന്ത് ചെയ്യുന്നത് ഈ വലുതാക്കാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ സമർപ്പണത്തിന് നമ്മെ സജ്ജരാക്കുന്നത് യോഗ്യരാക്കുന്നത് എന്ന് പറയാം തുടർന്ന് അനിർവണ്ണ ചേതസായോക്തവ്യം അതിനെ അഭ്യസിക്കേണ്ടതാണ് ഒരു ഒരു ഒരു നമുക്കിവിടെയൊക്കെ ആ സമ്പൂർണ്ണ സമർപ്പണം വന്നു കഴിഞ്ഞാല് ആ ശ്രദ്ധയോടുകൂടിയിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ ഇതിന് മലയാളത്തിൽ എന്താ ശുഭാപ്തി വിശ്വാസം എന്നൊക്കെ പറയും അത് വേണമെന്ന് പറയാം ഒരിക്കലും ഒരു നിരാശാവാദിയാവരുത് നിങ്ങൾ നിരീശ്വരവാദിയായിക്കോളൂ കുഴപ്പമില്ല അത് ഒരുവൻ നിരീശ്വരവാദിയായി നിലകൊള്ളുന്നുവെങ്കിൽ അവനിൽ എന്തെങ്കിലും ഉണ്ട് കാരണം അങ്ങനെ നിഷേധിക്കാനെങ്കിലും അവൻ തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ കുറച്ചൊരു തൻ്റെടമുണ്ട് എന്ന് പറയാം നിരീശ്വരവാദിയിൽ പക്ഷെ നിരാശ നിരാശാവാദിയിലോ ഒന്നുമില്ല അവനീ ലോകത്ത് ഒന്നിനെയും കാണില്ല അവന് അവന് അവന് ഒരു ചുറ്റുപാടും അവനെ അവന് എന്താ പറയുക യോഗ്യമായി ഭവിക്കില്ല എന്ന് പറയുക അതേസമയം ഒരു ശുഭാപ്തി വിശ്വാസി നിങ്ങൾ തുറങ്കലിൽ അടച്ചോളൂ ആ കൽ അവന്റെ വലിയൊരു സാധ്യതയായി അവനതിനെ ആവിഷ്കരിക്കും അത് മതി അങ്ങനെയാണല്ലോ പണ്ടുള്ളവരൊക്കെ വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ ജയിലിൽ വെച്ച് എഴുതിയത് നമുക്കെല്ലാ സ്വാതന്ത്ര്യം പേനയും എല്ലാം ഉണ്ടായിട്ട് എഴുതാൻ പറ്റും ഇല്ല പറയുക അതുകൊണ്ട് ഒരു ശുഭാപ്തി വിശ്വാസം അതുണ്ടായിരിക്കട്ടെ അല്ലാതെ ഒരു നിരാശാവാദിയായിട്ട് നിലകൊള്ളാതിരിക്കൂ അതിലും വേദമാണ് എന്താവുന്നത് ഒരു നിരീശ്വരവാദിയാവുന്നത് എന്നാൽ അവനെ ഇടയ്ക്കിടയ്ക്ക് കംസനായ കുറച്ചുകൂടെ ഗുണമാണ് ഈശ്വരനെ പ്രാപിക്കുന്നതിന് പല വഴികളുണ്ട് ഒന്ന് അങ്ങേയറ്റത്ത് നിഷേധിയാവുക നിരന്തരം നിഷേധിച്ചുകൊണ്ടിരിക്കുമ്പം കാരണം രാമായണത്തിൽ രാവണൻ പറയുന്നുണ്ട് ഭക്തി കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഭഗവാനേ എന്ന് പോരുകൊണ്ട് മാത്രമേ ഞാൻ എന്താ പറയുക നമുക്ക് പോരേ ശരിയാവുള്ളൂ എനിക്ക് ഭക്തി പറ്റില്ല ബുദ്ധിമുട്ടാണ് ഒന്നുകിൽ നിങ്ങൾ പൊരുതാൻ തയ്യാറാവും നിരീശ്വരവാദി അങ്ങനെയാണ് അവൻ പലയിടത്തും അന്വേഷിക്കും അത് ശരിയാണോ അത് ശരിയാണോ ഗുരുവായൂർ കിടന്ന് കറങ്ങുന്നുണ്ടാവും ഒരു നിരീശ്വരവാദി അമ്പലത്തിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അവൻ അങ്ങേ ഏറ്റവും ശ്രദ്ധയുള്ളവനായിരിക്കും നമ്മളെ പോലെയായിരിക്കില്ല അല്ലെ നമ്മളങ്ങനെയല്ല ഈ വിശ്വാസി എപ്പോഴും അങ്ങനെ വേഗം എല്ലാ പരിപാടിയും അങ്ങോട്ട് ചെയ്താവൻ അറിയരുത് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് എന്തായതാമൊക്കെ മറ്റവൻ അങ്ങനെയല്ല മറ്റവൻ ശരിക്കും നോക്കും എന്നിട്ട് ഓരോന്ന് കാണും ഇന്നത് ഇന്നത് ഇന്നത് നടത്തണ്ട് ഇന്നതൊക്കെ നടക്കുന്നു എന്തൊക്കെയോ നടക്കുന്നു എന്ന് പറയാം അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസം ഇതിൽ ഒരു ശ്രദ്ധ എന്താ ഇത് നേടേണ്ടതാണ് ഇത് ഞാൻ നേടും അതിനെയാണ് ഭഗവാൻ ഇവിടെ അനിർവണ്ണ ചേതസ യോക്തവ്യ മനസ്സിനൊരു ഇടിവില്ലാത്ത വിധത്തില് സമ്പൂർണ്ണ മനസ്സുകൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ അഭ്യസിക്കാൻ നീ തയ്യാറാകേണ്ടതാണ് അർജുന തുടർന്ന് സങ്കൽപ്പ പ്രഭവാൻ കാൻ സർവന ശേഷത മനസൈവേന്ദ്രിയ ഗ്രാമം ശനൈ ശനൈത് ബുദ്ധ്യത്മസംസ്ഥം ന സങ്കൽപ്പഭവാൻ തർവാൻ അശേഷത മനസാമ്യ സമന്ദത ശനൈ ശനൈ ഉപരമേത് ബുദ്ധിയ ധൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വ കിഞ്ചിതപി നിന്തയേ വളരെ പ്രധാനപ്പെട്ട ശ്ലോക ധ്യാന വിഷയത്തിൽ സർവോപരി ഒരു സാധകന് വളരെ നല്ല നിർദ്ദേശം ഭഗവാൻ ഇവിടെ ചെയ്യുന്നു എന്താ പറയുന്നത് സങ്കൽപ്പ പ്രഭവാൻ കാമാൻ സങ്കൽപ്പ പ്രഭവാൻ സങ്കൽ സങ്കൽപ്പത്തിൽ നിന്നുണ്ടാകുന്ന പ്രഭവിക്കുന്ന ജാതമാകുന്ന കാമാൻ കാമനകളെ സർവാൻ എല്ലാ വിഷയ അഭിലാഷങ്ങളെയും എല്ലാം സങ്കൽപ്പത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് പറയാം എന്തൊക്കെയാണ് സങ്കല്പം മത്സരം മത്സരത്തിൽ നിന്ന് ഈ മത്സരമാണ് ആദ്യം ഒഴിവാക്കേണ്ടത് പക്ഷേ എന്തുകൊണ്ടോ മത്സരത്തെക്കുറിച്ച് നാം തെറ്റായിട്ട് പലതും ധരിച്ചു വെച്ചിട്ടുണ്ട് ചോദ്യം മത്സരം നല്ലതിനെ പുറത്തു കൊണ്ടുവരില്ലേ എന്നാണ് ഈ യൂത്ത് ഫെസ്റ്റിവലിൽ നിന്ന് ഈ കലോത്സവത്തിൽ നിന്ന് സ്കൂളിലെ യുവജനോത്സവത്തിലെ മത്സരത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അനവധി വർഷങ്ങളായിട്ട് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് അവസാനം ഈ കലാതിലകവും എന്തൊക്കെയോ വേണ്ട എന്ന് വെച്ചു ഈ കഴിഞ്ഞ വർഷം അല്ലേ എന്നാലും അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല എന്ന് പറയാം അത് നടക്കുന്ന അതിൻ്റെ സമയത്ത് കാണാം എന്താ കേമോ അപ്പം ചോദ്യം ഇതാണ് ഒരു സംശയം മത്സരം ഏറ്റവും നല്ലതിനെ പ്രകടമാക്കില്ലേ എന്നാണ് മത്സരം ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് വിനയോ എന്താ അത് പ്രകടമാക്കുക ഏറ്റവും ചീത്തയാണ് അതിനെ പ്രക ഏറ്റവും ചീത്തയായിട്ടുള്ളതാണ് പ്രകടമാക്കുന്നത് എന്താ വിദ്വേഷം അതാരാണോ മത്സരത്തിൽ ജയിക്കുന്നത് അവനിലും ഉണ്ടാവും തൊട്ടടുത്തുള്ളവരിലും ഉണ്ടാവും അത് വീണ്ടും ഈ നേരത്തെ പറഞ്ഞതുപോലെ അഹങ്കാരത്തിൻ്റെ വേറൊരു പോഷിപ്പിക്കാനുള്ള ഒന്നാണ് മത്സരം മത്സരം ഏറ്റവും നല്ലതിനെ പ്രകടമാക്കില്ലേ എന്നാണ് മത്സരം ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് വിനയോ എന്താ അത് പ്രകടമാക്കുക ഏറ്റവും ചീത്തയാണോ അതിനെ ഏറ്റവും ചീത്തയായിട്ടുള്ളതാണ് പ്രകടമാക്കുന്നത് എന്താ വിദ്വേഷം അതാരാണോ മത്സരത്തിൽ ജയിക്കുന്നത് അവരിലും ഉണ്ടാവും തൊട്ടടുത്തുള്ളവരിലും ഉണ്ടാവും അത് വീണ്ടും ഈ നേരത്തെ പറഞ്ഞതുപോലെ അഹങ്കാരത്തിൻ്റെ വേറൊരു പോഷിപ്പിക്കാനുള്ള ഒന്നാണ് മത്സരം അതുകൊണ്ടത് ഭഗവാൻ ഇവിടെ പറയുന്ന സങ്കൽപ്പ പ്രഭവാൻ കാമാൻ അതെല്ലാറ്റിനെയും വെറുക്കും തന്നെ വെറുക്കാനും അത് കാരണമാണ് എല്ലാറ്റിനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ തന്നെ തന്നെ വെറുക്കും അത് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരുവന് പരാജയം സംഭവിക്കുമ്പോഴോ അല്ലേ റിസൾട്ട് വരുന്ന സമയത്ത് കാണാൻ കുട്ടി ചലങ്കിയൊക്കെ എടുത്തവരും ഒറ്റിയേറ സ്വയം പീഡിപ്പിക്കുന്നത് സ്വയം ഇനി ഞാൻ കളിക്കില്ല എന്നൊക്കെ അപ്പോഴേക്കും കുറച്ച് ശിൽബന്തികളുടെ ചുറ്റും കൂടും അപ്പോഴേക്കും വക്കീൽ വരും കേസ് കൊടുക്കാൻ വകുപ്പുണ്ട് പറയും അവരടനെ കേസ് കൊടുക്കും അതെ ഇതൊന്നും അത്ഭുതമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഈ പറയുന്ന സ്വാമി ജന്മയാമിഷൻ്റെ സംസ്ഥാന ഗീതചൊല്ലൽ മത്സരത്തിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ട് നാലഞ്ച് വർഷം പ്രവർത്തിക്കേണ്ടായിട്ടുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഗീതചൊല്ലൽ മത്സരം സ്വാമി ഓ എല്ലാ മത്സരത്തെയും അവസാനിപ്പിക്കാനുള്ളതല്ലേ ഗീത അതെ പിന്നെ അതിന്റെ പേരിൽ എന്തിനാ മത്സരം എന്ന് ആളുകൾ എങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പം അവരോടൊക്കെ നമ്മളൊരു കഥ പറയും മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നുള്ളത് എല്ലാ മത്സരത്തെയും ഒഴിവാക്കാനുള്ള ഒരു മത്സരം അവസാന സ്വാമിക്ക് ബോധ്യായി ഇത് പരിപാടി നിർത്തുകയാണ് നല്ലത് മൂന്ന് രക്ഷിതാക്കൾ ഒന്നാം പ്രതി തേജോമയാനന്ദ സ്വാമികൾ രണ്ടാം പ്രതി കേരളത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള പൂജ വിവിക്താനന്ദ സ്വാമികൾ മൂന്നാം പ്രതി ഇതിൻ്റെ സംസ്ഥാന എന്താ കോർഡിനേറ്ററായിട്ടുള്ള സന്ദീപ് ചൈതന്യ നാലാം പ്രതി അതിൻ്റെ ജില്ലാ കോർഡിനേറ്റർ ആയിട്ട് ഒരു നാല് പേരൻസ് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിച്ചേ മതിയാവും ഇതിന്റെ പേരിൽ സ്വാമി ഒരു മൂന്ന് പ്രാവശ്യം കോടതിയിൽ പോയിട്ടുണ്ട് പണ്ട് ചിന്മയാനന്ദ സ്വാമികൾ ചാൻഡ് ഗീത ലാൻഡ് വാഷിംഗ്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോഗം ചെയ്തിട്ടുണ്ടായിരുന്നു ഗീത ചൊല്ലു വാഷിംഗ്ടണിൽ ഇറങ്ങും വാഷിംഗ്ടണിൽ പോവാ എന്നുള്ളതായിരുന്നു ഒരു സമ്മാനമായിട്ട് വെച്ചത് നമ്മളത് ചാൻഡ് ഗീത ലാൻഡ് ഹൈക്കോർട്ട് എന്നായിരുന്നു അവസാനം ജില്ലാ കോടതിയിലും മറ്റ് ഓരോ മുനിസിപ്പൽ കോടതി ആ കോടതി മൂന്ന് കോടതി അതിലൊക്കെ അവര് തോറ്റു കാരണം അത് അവരുടെ അവരുടെ വാദം അവർ പറയുന്നത് ഇതാണ് ഞങ്ങളുടെ കുട്ടികൾ കുറച്ച് കാലമായിട്ട് ഒന്നാം സമ്മാനമാണ് ഈ വർഷം അവരങ്ങനെ ഒന്നാം സമ്മാനം ആവാതിരിക്കാൻ വഴിയില്ല അതിലെന്തോ കളി നടന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു ഇതുവരെ നടന്നതിൽ എന്തോ കളി നടന്നിട്ടുണ്ട് ഇതിന് കറി നടന്നിട്ടില്ല അതൊന്നും അവർക്കിഷ്ടമില്ല നമ്മളെ തമാശ പോലെയായിരുന്നു പറഞ്ഞത് പക്ഷേ അതവരെ വേദനിപ്പിച്ചു അവരങ്ങനെ കേസ് കൊടുത്തു വീണ്ടും അവർ അതിൻ്റെ എന്താ പറയുക അവസാനം വരെ അവസാനത്തെ കോടതി വരെ ഞങ്ങൾ പോവാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് അവർ പോകുന്ന സമയത്ത് ആരൊക്കെയോ പോയി ഉപദേശിച്ചു ഏതായാലും ഈ സന്യാസിമാരെ കോടതി അങ്ങനെ കയറ്റുന്നത് പ്രത്യേകിച്ച് ആരോ പറഞ്ഞു പെൺകുട്ടികളൊക്കെയാണ് ഇതൊന്നും നല്ലതാണ് എന്ന് തോന്നില്ല കുട്ടികൾ വളരെയെന്ന് നിങ്ങളിതിൽ നിന്ന് പിന്മാറണം എന്നാലും പിന്മാറില്ല എന്നൊക്കെ പറഞ്ഞാൽ അവര് കുറച്ചു കാലം പോയി പക്ഷെ കേസ് കോടതിയിൽ വെച്ച് അത് അവസാനം ഇങ്ങനെ അനുകൂലമായി വിധിയായി എന്ന് പറയാം അത്ഭുതം തോന്നുന്നു നമുക്കത് അതിനെ പ്രേരിപ്പിച്ച എന്താണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ നേടാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിന്ന് ഇതിപ്പോ പറഞ്ഞ് കുറച്ചു കഴിഞ്ഞ് ഗീതാജ്ഞി നൂറ്റി എട്ടാം ദിവസത്തിന് മുമ്പായിട്ട് ഇവിടുന്ന് ആരെങ്കിലും ധ്യാനത്തിൽ മോക്ഷം കിട്ടുമെന്നും പറഞ്ഞ് സ്വാമി എന്നെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്താൽ എന്താ വകുപ്പ് എന്നൊന്നും സ്വാമിക്കും അറിയില്ല അതെ അങ്ങനെ വല്ല വകുപ്പുണ്ടോ പറയാൻ പറ്റില്ല ഉണ്ടാവുമായിരിക്കാം ഏതായാലും നമ്മൾ അവിടെയാണെങ്കിലും സന്തോഷം അവിടേക്ക് വന്നോളൂ വിനോബാജി ഗീത പറഞ്ഞതുപോലെ നമുക്ക് അവിടെ നിന്നും പറയാം ഈ മത്സരം ഉണ്ടല്ലോ അതിനെ നമ്മൾ പൂർണ്ണമായിട്ടെടുത്ത് കളയണം അത് നല്ലതിനെ പ്രകടമാക്കില്ല എന്ന് സ്വാമിക്ക് നല്ല ബോധ്യം വന്നതാണ് അതുകൊണ്ടാണ് ഏറ്റവും വൾഗറായ ഏറ്റവും നികൃഷ്ടമായ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വൃത്തികെട്ടവെന്ന് വിശേഷിപ്പിക്കാവുന്നതുണ്ടെങ്കിൽ അതിനെ ഉദ്ഭവിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങൾ അതെവിടെയായാലും അതേത് ഒളിമ്പിക് ആണെങ്കിലും സ്വാമി എന്തായി പറയുന്നത് എന്താ സ്വാമി മാറ്റങ്ങൾ കൊണ്ടുവരില്ലേ മത്സരം ഒരു മാറ്റവും ഇല്ല ഈ വിശ്വത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിന് മാത്രമേ അത് സാധിക്കൂ മത്സരം കൊണ്ട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല സ്നേഹത്തിൽ മാത്രം മാറ്റമുണ്ടാകുന്നത് ഹൃദയത്തിന്റെ മാറ്റമാണ് ഹൃദയം മാറുന്നുവെങ്കില് ദ്രവീകൃതമാകുന്നുവെങ്കില് അവിടെ എന്തെങ്കിലും സംഭവിക്കൂ അല്ലാതെ ഒന്നും സംഭവിക്കില്ല ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ നമ്മുടെ മുൻപില് ഇതിന് ഏറ്റവും വലിയ ചോദ്യചിഹ്നങ്ങളാണ് സങ്കൽപ്പ പ്രഭവാൻ കാമാൻ സർവാൻ അശേഷത തെക്വാ സങ്കൽപ്പത്തിൽ നിന്നുണ്ടാകുന്ന വിഷയ ലാഭം അതിന്റെ അഭിലാഷങ്ങൾ അതിനെ അശേഷത ഒരൽപ്പം പോലും ാക്കി വയ്ക്കാതെ എന്ത് എന്ത് വേണം തെക്വ ഉപേക്ഷിച്ചിട്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് നാം അല്ലാത്തതിനെ എല്ലാം എടുത്തു മാറ്റിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കൂ നമ്മുടെ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന അഹം ബോധത്തിൽ നിന്ന് ഞാൻ എന്ന ബോധത്തിൽ നിന്ന് ഞാനല്ലാത്തതിനെ എല്ലാം എടുത്തു ാണ് അശേഷത തെക്വാ അവിടേക്ക് സഹായകമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ മനോ ബുദ്ധ്യഹംകാര ചിതാനി നാഹം നജ ശ്രോത്രജിഹുവേ നജഗ്രാണ നേത്രേ നജ വ്യോമ ഭൂമിർ നേജോ നായു ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ഇതൊക്കെ സഹായകമായിട്ട് ഭവിക്കും അസംഗോഹം അസംഗോഹം അസംഗോഹം പുനഃ പുനഃ സച്ചിതാനന്ദോഹം അഹമേവാഹമവ്യയേവഹം അവ്യയ എന്നതായിരിക്കട്ടെ പകരം പകരം വയ്ക്കാൻ എന്തെങ്കിലും ഒന്ന് വേണല്ലോ അശേഷത തെക്വാ മനസ്സേ മനസ്സുകൊണ്ട് തന്നെ ഇന്ദ്രിയഗ്രാമം സമന്തത ഇന്ദ്രിയഗ്രാമം എന്നാ പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയ കൂട്ടത്തെ അത് ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും സങ്കല്പങ്ങളെയും മനസ്സുൾപ്പെടെയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും സമന്തത സമന്തത വിനിയമ്യ സമന്തത എന്ന് പറഞ്ഞ ചുറ്റുപാടിൽ നിന്ന് വിനിയമ്യ നിയന്ത്രിച്ച് അടക്കിയിട്ട് പിടിച്ചെടുത്തിട്ട് ബുദ്ധിയ ബുദ്ധി കൊണ്ട് മനഃ മനസ്സിനെ ആത്മസംസ്ഥം ആത്മാവിൽ ഉറച്ചു നിൽക്കുന്നതിനായിക്കൊണ്ട് അതിനാണ് ഇതിനെ പറഞ്ഞു തന്നത് എന്താണ് അസങ്കോഹം അസങ്കോഹം ഞാൻ ആരാണ് ഞാൻ എന്ന് അനുസന്ധാനം ചെയ്യാം എന്നിട്ടോ ആത്മസംസ്ഥം കൃത്വ ആത്മാവിൽ ഉറപ്പിച്ച് നിർത്തിയിട്ട് കൃത്വ ചെയ്തിട്ട് പറയണു അടുത്ത വരി വളരെ വളരെ ശ്രദ്ധിക്കേണ്ട വരി ശനൈ ശനൈ പതുക്ക പതുക്ക ഒരു തരക്കും വേണ്ട എന്ന് പറയും പതുക്ക പതുക്ക ഉപരമേദ് അതിൽ നിവർത്തിക്കണം അതിൽ രമിക്കണം ഉപരമേദ് പെട്ടെന്ന് പോയിട്ട് അയ്യോ സമയമായല്ലോ എന്നാൽ ശരി ധ്യാനിച്ചു കളയാം ശനൈഹി ശനൈഹി പതുക്ക ഇനി ഞാൻ ധ്യാനിച്ചില്ലല്ലോ അതുകൊണ്ടെന്നാൽ ശരി വേഗം ധ്യാനിക്കാം നീ ആ ഭക്ഷണമൊക്കെ എടുത്തു വയ്ക്കും ഞാൻ അപ്പോഴേക്കും ധ്യാനിക്കട്ടെ എടുത്തു വെച്ചാൽ വിളിക്കൂ അങ്ങനെയല്ല ശനൈ ശനൈ നിങ്ങൾക്ക് മുൻപിലൊന്നും ഉണ്ടാകാൻ പാടില്ല ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊന്നും അങ്ങനെയല്ല എന്ന് പറയാം മണിക്കൂറുകള് മിനിട്ടുകള് നിമിഷങ്ങള് അതിന്റെയും പിറകിലേക്ക് എല്ലാറ്റിനെയും ഞാൻ അറിയുന്നവനായിട്ട് സാവകാശം സാവകാശം എന്റെ പ്രാണനുള്ളിലേക്ക് പോകുന്നതും പ്രാണൻ പുറത്തേക്ക് വരുന്നതും ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ട് ഒന്ന് വേഗം പറയൂ സ്വാമി എത്രയും വേഗത്തിൽ ഇങ്ങോട്ട് ഇതിങ്ങോട്ട് കിട്ടിയിട്ട് വേണം വേണ്ട ശനൈ ശനൈ എന്തിനായിരുന്നു വേഗത്തിലെ ധ്യാനം അങ്ങോട്ട് സംഭവിക്കുന്ന ഭാര്യയോട് നാല് വർത്തമാനം പറയാനുണ്ട് ശനൈ ശനൈ ഉപരമേ അതില് ഉപരമിക്കണം വർത്തിക്കണം കിഞ്ചിത് അപി പറയണം കിഞ്ചിത് അപി ഒരൽപ്പം പോലും ന ചിന്തയേ ചിന്തിക്കരുത് നാസികയുടെ ആഗ്രഹം എവിടെയാണ് നിഞ്ചിതി ന ചിന്തയേ ചിലപ്പോ കൊതു വന്നിങ്ങനെ മുന്നിൽ വന്നിങ്ങനെ പാറും ഒരു നശിച്ച കൊതുംങ്ങനെ നമ്മളിങ്ങനെ കൊതുവായിട്ട് ഇങ്ങനെ ഒരു ഒരു കളി കളിക്കാൻ നോക്കും ഇങ്ങനെ അതെങ്ങനെ വന്നിങ്ങനെ ഇങ്ങനെ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല അല്ലേ മെഡിറ്റേഷൻ ക്ലാസ്സിൽ ഭയങ്കര രസമാണ് കാരണം നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിന് പൂരപ്പറമ്പിൽ പൂരം കാണുന്നവരെ കാണാൻ നല്ല രസമാണ് പക്ഷെ സ്വാമി ഇവിടെ തുറന്ന് കണ്ണൂർന്ന് നോക്കില്ലേ കേട്ടോ അത് പേടിക്കേണ്ട പൂര പറമ്പിൽ പൂരം കാണുന്നവരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്നാ ഇനി എപ്പോഴെങ്കിലും കാണണം അത് ഈ അമിട്ടൊക്കെ ഇങ്ങനെ പൊട്ടുമ്പോ അവരിങ്ങനെ നോക്കും ആ പൊട്ടുന്നതിന് കണക്കായിട്ട് ഇവരുടെ എവിടെ ഇങ്ങനെ അതുപോലെ മെഡിറ്റേഷനിലുണ്ട് ആളുകൾ ഇങ്ങനെ നമ്മൾ ഉത്തരരാശി വെച്ചിട്ടാണ് ഈ കാഴ്ച കണ്ടത് സ്വാമി അധ്യാത്മാനന്ദ ചെയ് മെഡിറ്റേഷൻ എടുക്കുന്ന സമയത്ത് സ്വാമിജി പറഞ്ഞു ആരോ കൂർക്കം വലിക്കുന്നുണ്ട് ആരാണെന്ന് അറിയണം എന്നിട്ട് നമുക്ക് എല്ലാവരെയും പറയുന്നത് മോശമല്ല അതുകൊണ്ട് ആളാരും നമ്മൾ പറഞ്ഞു സ്വാമിജി നമ്മളെ ഏറ്റവും പറയാം അതായത് അങ്ങ് കൂർക്കം വലിക്കും നോക്കുക അങ്ങനെ നമ്മൾ ഓരോരുത്തരെ നോക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരാൾ നാവുകൊണ്ട് കൊതുകിനെ പിടിക്കണം തവളയെ പോലെ കാരണം കൈയൊന്ന് സ്വാമി സ്വാമിജി കൈ കോർത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലര് കൊതുകിനെ പോക്കാനുള്ള പണിതാണ് ആ സമയത്തൊക്കെ നിങ്ങൾ വേണ്ടത് കൈ കൊണ്ട് കൊതുകിനെ ആയിട്ട് തട്ടുക കാരണം അവിടെ തീർത്തയെക്കണം നിങ്ങൾ കൊതുകിനെ ധ്യാനിക്കാൻ പോകരുത് അതെ നമുക്ക് അങ്ങനെ പറ്റും കാരണം ഈ കൊതു ചില വല്ലാത്ത ഇടത്തൊക്കെ പോയി കടിക്കും ഇവിടെ ഈ കാരണം ഈ ഗ്രീനിച്ച രേഖ പറയുന്നത് പോലെ കറക്റ്റ് ആയിട്ട് തട്ടാനൊന്നും പറ്റാത്ത അടുത്ത് പോയിട്ട് അപ്പൊ കൈ കൊണ്ട് തട്ട എന്നിട്ടോ സാവകാശം സാവകാശം മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട അതുകൊണ്ട് ശ്രദ്ധിക്കണം ബാഗൊക്കെ താഴെ വെച്ചു കഴിഞ്ഞാൽ ബാഗ് പോവോ അല്ലെങ്കിൽ അധികം വില പിടിച്ചതൊന്നും കൊണ്ടുവരാതിരിക്കും അത്യാവശ്യമുള്ള ഓട്ടോറിക്ഷയ്ക്കോ ബസ്സിനോ എന്തെങ്കിലുമൊക്കെ ഉള്ള കാശ് അല്ലെങ്കിൽ യജ്ഞം കഴിഞ്ഞ് മസാല ദോശ കഴിച്ചു പോവാനുള്ള ആ കൃത്യം എന്ന് മാത്രം കൂടുതലൊന്നും എടുത്ത് അങ്ങനെയാണെങ്കിലാണല്ലോ ചിന്ത കൂടുക എന്നാ ചിന്തയേ ഇവിടെ നമ്മൾ തരുന്ന നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ കേൾക്കുക ഇപ്പം നമ്മുടെ ധ്യാനത്തിൽ നമ്മൾ ചെയ്യുന്നത് അതാണ് മനസ്സിനെയാണ് നമ്മൾ ആദ്യം നിരീക്ഷിക്കുന്നത് മനസ്സിൻ്റെ നിരീക്ഷണം നടക്കട്ടെ ബാഹ്യമായ ിൽ നിന്ന് മനസ്സിനെ പൂർണ്ണമായി നിയമനം ചെയ്ത് ബുദ്ധി കൊണ്ട് മനസ്സിനെ ആത്മസംസ്ഥം ആത്മാവിൽ പുറപ്പിച്ചു നിർത്തിയിട്ട് സാവകാശം സാവകാശം ശനൈ ശനൈ ഉപരമേ ഉപരമിക്കണം മാത്രമല്ല കിഞ്ചിതപി ന ചിന്തയെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്ത വേണ്ടെന്ന് പറയാം സങ്കൽപ്പ പ്രഭവാൻ കാമാൻ എന്ന് പറയുമ്പം സങ്കൽപ്പങ്ങളിൽ നിന്ന് ഉദ്ഭവിച്ച കാമനകൾ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നന്നായിട്ട് മനസ്സിലാവണം നമ്മൾ ഓരോരോ ശബ്ദങ്ങൾ ഇനി നമ്മ ഓരോ തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകണം വിട്ടുപോകരുത് അത് ഗീതയുടെ വെളിച്ചത്തിൽ ഓരോന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് കേൾക്കുന്ന ശബ്ദങ്ങൾ വരുമ്പം അത് ഓർമ്മ വേണം ഇവിടെ എന്താണ് സങ്കൽപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് സങ്കല്പം സങ്കൽപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവും എനിക്കൊരു സങ്കല്പമുണ്ട് അല്ലെങ്കിൽ സങ്കല്പങ്ങൾ അപ്പം ഇന്ദ്രിയങ്ങളാണ് നമുക്ക് വിഷയാനുഭവങ്ങളെ തരുന്നത് ആണല്ലോ ഇന്ദ്രിയങ്ങൾ ോരോരോ വിഷയങ്ങൾ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശബ്ദസ്പർശരസരൂപഗന്ധം വിഷയം എന്ന് കേൾക്കുമ്പോൾ എന്ത് ഓർമ്മ വേണം ശബ്ദസ്പർശരസരൂപഗന്ധാദികൾ ഉം അപ്പൊ ആ ശബ്ദസ്പർശരസരൂപാതി ഗന്ധാ ഗന്ധങ്ങളിൽ എന്തൊക്കെ വരും നമ്മുടെ വാങ്ങലും മെടുക്കലും പറയലും വഴക്ക് കൂടലും സ്തുതി കേൾക്കലും നിന്ദയും എല്ലാം പെട്ടു നിങ്ങൾ വേറൊരു രീതിയിൽ ഇതിങ്ങനെ ബുദ്ധിക്ക് വ്യായാമമാക്കി തീർക്കരുത് അതുകൊണ്ട് ശ്രദ്ധിക്കുക അപ്പം ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയവാര ഇന്ദ്രിയങ്ങൾ മുഖാന്തരം നമ്മൾ എന്ത് ചെയ്യുന്നു മനസ്സ് ഓരോരോ വിഷയങ്ങളെ അറിയണം ഓരോന്നിനെ കേൾക്കുന്നു കാണുന്നു ഈ അറിവിനെ സങ്കല്പം എന്നങ്ങോട്ട് കരുതിയാൽ മതി അതായത് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അറിവ് അതാണ് എന്ത് സങ്കല്പങ്ങൾ അതെന്തായിത്തീരുന്നു ഈ സങ്കല്പത്തിന് ഈ സങ്കല്പം സങ്കല്പത്തിന്റെ അടുത്ത പടി കാമനയാണ് ആഗ്രഹമാണ് ഈ വാക്കുകൾ കേൾക്കുമ്പോ ഇതൊക്കെ ചിലപ്പോ ഇങ്ങനെ മനസ്സിലാവാതിരിക്കും എന്നിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു എന്താ പറയാ സ്വന്തം ഡിക്ഷണറി ഉണ്ടാക്കും എന്നിട്ട് ഇതിനൊക്കെ അർത്ഥം കൊടുക്കും എന്നിട്ട് നൂറ്റി എട്ടാമത്തെ ദിവസം പറയും സ്വാമി പറഞ്ഞതൊക്കെ മനസ്സിലായി സ്വാമി പറഞ്ഞത് ഇങ്ങനെ ഒക്കെ നല്ല രീതിയിലൊക്കെ ജീവിക്കണം അതന്നെ അതെ മനസ്സിലായി സ്വാമി പറഞ്ഞതൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ അങ്ങനെ പോരാ എന്ന് പറയാം നിങ്ങൾ അതിനെ വിസ്തരിച്ച് തന്നെ എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് നന്നായിട്ട് തന്നെ മനസ്സിലാവണം അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന അറിവാണ് സങ്കൽപ്പമെന്നും ഈ സങ്കല്പത്തിന് ഈ സങ്കല്പത്തിൽ നിന്നാണ് ആഗ്രഹങ്ങൾ കാമന ജനിക്കുന്നത് അപ്പൊ അതിന്റെ പിറകിൽ എന്തുണ്ട് ഈ സങ്കല്പങ്ങളെ നാം അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നുണ്ട് ഈ പ്രതികരണം അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമാണ് അല്ലേ ആ എന്നിട്ടോ ഈ വിഷയത്തിന് വിഷയാഭിലാഷം എന്ന് പറയും ഈ വിഷയങ്ങളുടെ അഭിലാഷത്തിനായിക്കൊണ്ട് നാം ഇതാ ഈ രഥ എന്താ പറയുക രഥത്തിന്റെ ഓട്ടം ഇങ്ങനെ നടത്തുന്നു അപ്പൊ ഇതിനൊക്കെ അടിസ്ഥാനം എന്താണ് മനസ്സ് തന്നെയാണ്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 ഈ വിഷയത്തിന് വിഷയാഭിലാഷം എന്ന് പറയും ഈ വിഷയങ്ങളുടെ അഭിലാഷത്തിനായിക്കൊണ്ട് നാം ഇതാ ഈ രഥ എന്താ പറയുക രഥത്തിന്റെ ഓട്ടം ഇങ്ങനെ നടത്തുന്നു അപ്പൊ അടിസ്ഥാനം എന്താണ് മനസ്സ് തന്നെയാണ് അപ്പൊ മനസ്സിൽ നിന്നാണ് ഇതെല്ലാം ജാതമാകുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ മനസ്സിനെ എന്തുവേണം ഒന്ന് നിയമനം ചെയ്യാൻ പറയുന്നത് നിയമനം ചെയ്യാന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക അറിയുക ഇവിടെ നിന്നാണ് ഇതൊക്കെ ഉദ്ഭവിക്കുന്നത് എന്നറിയ അല്ലാതെ വല്ലവരെയും കുറ്റം പറയാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന ഓരോ കുതന്ത്രങ്ങളും നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് ഭവിഷ്യത്തുകളും ഒക്കെ ഉണ്ടല്ലോ വല്ലവരുടെ പേരിലും പഴിചാരാൻ പാടില്ല അതുകൊണ്ടാണ് എന്താ പറയുക ഈ നമ്മുടെ ജനകൻ ജനകൻ പൂന്തോട്ടത്തിൽ വെച്ച് പറയുന്നത് പ്രബുദ്ധോസ്നി പ്രബുദ്ധോസ്മി അഹം പ്രബുദ്ധ അസ്മി ഞാനിതാ പ്രബുദ്ധനായി എന്ന് പറഞ്ഞാൽ ഞാനിതാ ഉണർന്നു എന്തുകൊണ്ട് ദൃഷ്ടോരോയ ആത്മനഹ ആത്മന ചോരഹ അയം ദൃഷ്ട ഇതാ ആത്മാവിനെ കട്ട ആ കള്ളനെ അയം ഞാൻ കണ്ടുപിടിച്ചു ഹനുഷ്യേഹം ഞാൻ ഇന്നവനെ കൊല്ലും എന്ന് പറയാം ഇത് ജനകന് പൂന്തോട്ടത്തിൽ വെച്ച് സാക്ഷാത്കരിച്ചതുപോലെ നമുക്ക് പിടികിട്ടണം അനുഷ്യേഹം ഞാൻ ഇന്നവനെ പിടിക്കുന്നത് ഇന്താ ഞാൻ പിടിച്ചു കിട്ടി എനിക്ക് ആരാണവൻ മന ഏവ മനസ്സ് തന്നെ വേറെ ആരുമല്ല ആ കള്ളൻ എന്നെ ഇത്ര കാലം ആ കള്ളൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ ആഗ്രഹമാണ് എന്ന് പറയാം ആ കള്ളനെ പിടിക്കണമെന്ന് പറയാം അതൊരു വല്ലാത്തൊരു മനസ്സ അതുകൊണ്ട് ധ്യാനത്തില് നമ്മളിവിടെ പഠിക്കുന്നത് ജാഗ്രതാവസ്ഥയിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ നമുക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള ഭാവങ്ങൾ നാം കൈവരിച്ചിട്ടുണ്ട് അപ്പൊ ചിലയിടത്തൊക്കെ നമ്മൾ ഡീസെന്റ് ഉസ്മാൻ എന്ന് പറയും ഞാൻ ആള് വളരെ ഇപ്പൊ നമ്മുടെ പെരുമാറ്റം ഒക്കെ വളരെ ഭവ്യതയോടുകൂടിയിട്ടുള്ളതായിരിക്കും ഒരു സ്ഥലത്ത് നമ്മളൊരാശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞു അങ്ങനെയാണ് അപ്പൊ ആശ്രമത്തിലേക്ക് പോകുന്ന മനസ്സ് അതൊരു പ്രത്യേക ഒരു ഒരു മനസ്സാണ് വളരെ ദുർലഭമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു മനസ്സാണ് അതേസമയത്ത് ഒരു മാർക്കറ്റിൽ പോകുന്ന മനസ്സും അത് വേറൊന്നാണ് അല്ലേ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാണ് നമ്മുടെ പൂർവ വാസനയ്ക്കനുസരിച്ച് അതായത് നമ്മൾ പോയി ഇങ്ങനെ ഒക്കെ പരിചയിച്ചു അങ്ങനെയൊ വലിയൊരു ഒരു ആദ്യമായിട്ട് ഒരു വിമാനയാത്ര നടത്തുന്ന ഒരാള് അയാളുടെ കൂടെ ആർക്കും പോകാൻ പറ്റില്ല ആ എൻട്രൻസ് വരെ അത് കഴിഞ്ഞാല് ഈ ടിക്കറ്റുമായിട്ട് എങ്ങോട്ടാ പോകേണ്ടത് ഒരു വിദേശയാത്രയൊക്കെ ആണെങ്കിൽ ഒരുപാട് വരി ഒരുപാട് എയർലൈൻസ് ഉണ്ടാവും അതേത് കമ്പനിയിലാണ് താൻ പോയി വരി നിൽക്കേണ്ടത് ഒരു പേടിയാണ് ഈ സൂട്ട് കേസൊക്കെ ആ ബെൽറ്റിൽ പോയിട്ട് സംശയം ഇതൊക്കെ എനിക്ക് കിട്ടുമോ സമയത്തിന് അപ്പൊ ഇത് ആരുടെ അടുത്ത് കൊണ്ടുപോകണം ഇത് ഇനി വേറെ എന്തെങ്കിലും വേണോ അവിടുന്ന് ആ ചെക്കിങ് കസ്റ്റംസ് അത് ഇത് ആദ്യത്തെ പ്രാവശ്യം വലിയ അതായത് ആദ്യത്തെ പ്രാവശ്യം മനസ്സ് അതിനെ ഇങ്ങനെ പരിചയിക്കും അടുത്ത തവണ പോകുമ്പം വളരെ എളുപ്പത്തിൽ ആ മനസ്സ് പഴയ ആ മനസ്സങ്ങോട്ട് ഉണരായി പിന്നെ ആ എളുപ്പത്തിൽ പോവായി ഇതൊക്കെ നാം പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം മനസ്സിലാവുന്നുണ്ടല്ലോ ആ അപ്പം ആശ്രമത്തിൽ പോകുമ്പം അതുപോലെ ഈ യജ്ഞശാലയിൽ വരുമ്പം ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് ഹോട്ടലിൽ പോകുന്ന സമയത്ത് ചിലടുത്ത് തർക്കിക്കേണ്ടടുത്ത് ചിലർക്ക് വെറുതെ എഴുന്നേറ്റ് അവിടെ ഇരുന്നു കഴിഞ്ഞാൽ തോന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം എന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരി നിൽക്കുന്ന സമയത്ത് ട്രെയിനിനകത്ത് ട്രെയിനിനകത്തൊരു ഒരു പ്രത്യേക ഒരു കൾച്ചറുണ്ട് നമുക്കില്ലേ അപ്പൊ ഇവിടുന്ന് ഡൽഹിക്ക് പോവുകയാണെങ്കിൽ രണ്ടു ദിവസം ഉണ്ടാവും രണ്ടു ദിവസം കൊണ്ട് നമ്മളെ ഒരു പരിചയപ്പെടലുണ്ട് ടെലിഫോൺ നമ്പർ കൊടുക്കലും അഡ്രസ് മേടിക്കലും അവിടുന്ന് അങ്ങോട്ട് ആ ഈ സ്റ്റേഷൻ എത്താൻ നേരത്തെ അവർ ചോദിക്കുക നിങ്ങളെങ്ങോട്ടാണ് ഞങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് അല്ല ഞങ്ങൾ നിങ്ങളും വേറെ വേറെ വഴിയാന്ന് പറയും അവിടെ എത്തിയാൽ കഴിഞ്ഞു കഥ നമ്മുടേതായിട്ടുള്ള ഒരിതിലേക്ക് വരും അതുവരെ അവർ ഊണ്ട്ടേ നമ്മൾ കഴിക്കുള്ളൂ നമ്മളെന്തെങ്കിലും മേടിച്ചാൽ അത് ആ പകുതി അവർക്ക് കൊടുക്കായി അങ്ങനെ കപ്പൽ എന്ന് പറഞ്ഞാൽ വലിയ കപ്പലല്ല ഒരു സാമാന്യം ചെറിയൊരു കപ്പലാണ് ആ കപ്പലിനെ ആക്രമിക്കാനായിട്ട് വലിയൊരു സ്രാവോ തിമെങ്കലോ എന്താ പറയുക വലുതാണ് എന്താ വലിയൊരുത് അതങ്ങനെ വന്നു അത് വന്ന് ഇതിങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് അവര് പ്രതിരോധിക്കാൻ വേണ്ടി പലതും ചെയ്ത് നോക്കി അപ്പൊ അതിലൊരു മാർവാടി കച്ചവട കച്ചവടക്കാരനുണ്ടായിരുന്ന ഗുജറാത്ത് നിന്ന് എവിടുന്ന് വന്നാളാം അപ്പൊ അദ്ദേഹത്തിന് എന്തും വിൽപ്പനയാണ് അപ്പൊ അദ്ദേഹം ഇതിനെ കണ്ടു ഇതിങ്ങനെ ആക്രമിക്കാൻ വരുമ്പം പറയാം ഓ ഇതിനെന്ത് വില കിട്ടും എന്നറിയോ കരയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര കിലോ ആളെ അവർക്ക് ദേഷ്യം വന്നു ഇയാളിങ്ങനെയൊക്കെ പറയുന്നത് കണ്ടിട്ട് അവസാനം അതിനെ എങ്ങനെയെങ്കിലും ഓടിക്കണം എന്നായിട്ട് ആരോ പറഞ്ഞു അതിനെ വിശന്നിട്ടായിരിക്കും ഭക്ഷണം എന്തെങ്കിലും കൊടുക്കാം അപ്പൊ ഇദ്ദേഹത്തിന്റെ തന്നെ ഉണ്ടായിരുന്നു ഒരു കൊട്ട ആപ്പിൾ അതെടുത്തിട്ട് അതിനിട്ട് കൊടുത്തു സമയത്ത് അദ്ദേഹത്തിന് ദേഷ്യം വന്നു അദ്ദേഹം പറഞ്ഞു എന്താണ് നിങ്ങളുടെ വിചാരം അതിന് എത്ര വിലയുണ്ടെന്നറിയോ എന്നൊക്കെ പറഞ്ഞു അതാണെങ്കിൽ ഈ തിമിങ്കലം അത് കിട്ടിയ ഉടനെ ഒന്നായിട്ട് വിഴുങ്ങി എന്ന് പറയാം പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു അതും ഇട്ടുകൊടുത്തു ഇതൊക്കെ ഇടുന്ന സമയത്ത് ഇദ്ദേഹം ഇതിന് വില പറയുകയാണ് അവർക്കാണെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം അവസാനം ഓരോന്ന് ഇട്ട് കൊടുക്കും ഇതങ്ങനെ അതിന് വിഴുങ്ങും പക്ഷേ വീണ്ടും വരും അവസാനം ഇവർ പല മറ്റ് പല സാധനങ്ങളും ഇടാൻ തുടങ്ങി ഒരു കസേര എടുത്തിട്ടു അതിൻ്റെ ഉള്ളിലേക്ക് കപ്പലിലുണ്ടായിരുന്നു അതും അത് വിഴുങ്ങി അതിനും ഇയാൾ വില പറഞ്ഞപ്പോൾ ആളുകൾക്ക് ദേഷ്യം വന്ന് ഇയാളെ തന്നെ പിടിച്ചതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു അതിനെയും വിഴുങ്ങി ഇയാളെ മൊട്ടത്തിൽ വിഴുങ്ങി എന്ന് പറയാം അവസാനം ഇവര് വിചോ എന്താപ്പൊ ചെയ്യാ ഇതെന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടണമല്ലോ അപ്പൊ അവരെല്ലാവരും കൂടി പറഞ്ഞു ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നൊക്കെ പറഞ്ഞു അവരതിലെ നങ്കൂരമൊക്കെ എടുത്ത് അവസാനം എല്ലാവരും കൂടെ ഇതിനെ കെട്ടി എങ്ങനെയൊക്കെയോ ചങ്ങലയില് കെട്ടി വരിഞ്ഞ് ഇതിനെ എന്താ പറയാ ഉള്ളില് അതിനെ വയറുകീറി രക്ഷപ്പെടുത്താൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ കച്ചവടക്കാരൻ അവിടെ കസേരേരി ഇരുന്നിട്ട് മുൻപ് പെട്ടവർക്കൊക്കെ നാരങ്ങ കച്ചവടം ചെയ്യണം ആദ്യാ അവരോട് പറയാ നല്ല നാരങ്ങയാണ് കഴിക്കുക കഴിക്കുന്നത് ഒരു പ്രത്യേക മനസ്സാണത് അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മുടെ അത്തരത്തിലുള്ള എന്താ നമ്മുടെ നമ്മളെ തന്നെ കട്ടുകൊണ്ടുപോകുന്ന ആരാണവൻ ചോരഹ കള്ളൻ പറയാം ആ കള്ളനെ പിടിക്കേണ്ടതുണ്ട് അതിനെ നിയമനം ചെയ്യാം അറിയാം എല്ലാം ചെയ്യുന്നത് അവനാണ് എന്നറിയുക അറിയണൂരം മനസഹ ചഞ്ചലം അസ്ഥിരം തയമ്യ എതത് ആത്മനിശം നശ്ചരതി മനഹ ചഞ്ചലം അസ്ഥിരം ചഞ്ചലം ചഞ്ചലം എന്ന് പറഞ്ഞാൽ ഇളകുന്നത് സദാ സമയം ഇളകിക്കൊണ്ടിരിക്കുന്നു മനസ്സിന്റെ ലക്ഷണം എന്താണ് ഇളക്കമുള്ളത് അതുകൊണ്ടാണ് അതിനെ കവിയോട് ഉപമിച്ചത് കവിധ്വജൻ എന്ന ഒന്നാം അധ്യായം നമ്മൾ പഠിച്ചുവല്ലോ അർജുനന്റെ മാനസികാവസ്ഥയെ വ്യാസൻ നമുക്ക് കാണിച്ചു തരുന്നു കവി കൊടിയടയാളമായിട്ടുള്ള അർജുനൻ എന്നതിലൂടെ അപ്പം മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ചഞ്ചലാത്മിക മനസ്സിന്റെ നിർവചനം അതാണ് ചഞ്ചലാത്മിക ഇളക്കത്തോട് കൂടിയത് അപ്പൊ ഒരാള് മനസമാധാനം ഇല്ല എന്ന് പറഞ്ഞാലോ മനസമാധാനം എങ്ങനെയുണ്ടാവുന്നത് ആ പ്രയോഗം തന്നെ തെറ്റാണ് മനസമാധാനം എന്നൊന്നും ഉണ്ടാവില്ല ഒരു കാലത്ത് അതല്ലേ സ്വാമി ഞങ്ങൾക്ക് മനസമാധാനം ഇല്ലാത്തത് അതെ അത് തന്നെയാ മനസമാധാനം ഇല്ലാത്തതിന് കാരണം അതാണ് അതൊരു ഒരു നമ്മൾ എങ്ങനെയാണെന്നറിയോ മനസമാധാനം എന്ന് പറയുന്നത് ഒരു കുരങ്ങൻ മനസ്സിനെ കുരങ്ങിനോടാണല്ലോ ഉപമിക്കാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ളത് അപ്പൊ ഒരു കുരങ്ങനെ നമ്മൾ വീട്ടിൽ മേടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞ് ആ കുരങ്ങൻ വെറുതെയിരിക്കോ വെറുതെയിരിക്കോ ഇല്ല കുരങ്ങൻ വെറുതെ ഇരുന്നാൽ ഇനി ആ കുരങ്ങൻ ഒന്നും ചെയ്യുന്നില്ല കുരങ്ങൻ അങ്ങനെ വെറുതെ ഇരിക്കണം എന്നാൽ കുരങ്ങനെന്തോ കുഴപ്പമുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കൊരങ്ങൻ ഡോക്ടറെ കാണിക്കണം ഇല്ലേ അവർ അതിനെ നിശ്ചയം അതിന് അവർ പറയും അതിനെന്തോ അസുഖം ഉണ്ട് അത് മരിക്കാൻ പോവുക അല്ലെങ്കിൽ കുരങ്ങനെന്ത് ചെയ്യും സദാസമയം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഒരു കുരങ്ങൻ വെറുതെ ഇരിക്കുന്നു എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കണം കുരങ്ങൻ വെറുതെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഇതുപോലെയ മനസ്സിന് സമാധാനം കിട്ടുക കിട്ടില്ല മനസ്സ് എന്ന് പറഞ്ഞാൽ അത് ഇളകിക്കൊണ്ടിരിക്കുന്നതാണ് അത് നമുക്ക് സമാധാനം തരില്ല അതിൽ നിന്ന് സമാധാനം കിട്ടില്ല മനസ്സമാധാനം മനസമ്മതം എന്നൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് അറിയാതെ ആരൊക്കെയോ എപ്പോഴൊക്കെയോ പറഞ്ഞുപോയി കിട്ടില്ല അതൊന്നും കാരണം മാറ്റത്തിന് മാറിക്കൊണ്ടിരിക്കുന്നു ചിന്തകള് പിന്നെ അതിൽ എങ്ങനെ കിട്ടും കിട്ടില്ല അപ്പം ചഞ്ചലം അതിൻ്റെ സ്വഭാവം തന്നെ ഇളക്കമുള്ളതാണ് ചഞ്ചലാത്മിക ഇളക്കമുള്ളതാണ് അതുകൊണ്ട് തന്നെ അസ്ഥിരം അത് സ്ഥിരമല്ല വ്യവസ്ഥയില്ലാത്തതാണ് സദാസമയം പറയണു മനഃ അങ്ങനെയുള്ള മനസ്സ് യഥ യഥ നിശ്ചരതി യഥ യഥ ഏതേത് വിഷയങ്ങളിലേക്ക് നിശ്ചരതി അത് സഞ്ചരിക്കുന്നുവോ ഇങ്ങനെ ഇളക്കമുള്ള മനസ്സ് സ്ഥിരമല്ലാത്ത മനസ്സ് എവിടെ എവിടെ എവിടെയാണോ അത് സഞ്ചരിക്കുന്നത് പറയണു തതഹ തതഹ തത് അതത് വിഷയത്തിൽ നിന്ന് തത് അതിനെ നിയമ്യ നിയമ്യ എന്ന് പറഞ്ഞാൽ നിയമനം ചെയ്തിട്ട് നിയമനം എന്ന് കേൾക്കുമ്പം എതിരായിട്ട് എന്നല്ല നിങ്ങൾ ഓരോരുത്തരും മിലിട്ടറിക്കാരല്ല എന്ന് ഓർമ്മയിരിക്കട്ടെ നിങ്ങളൊക്കെ സന്യാസികളാണ് സംശയമൊന്നും വേണ്ട എതിരായിട്ട് എന്നുള്ള ഒരു പരിപാടി നമ്മുടെ നികുതിവിൽ ഉണ്ടാകരുത് നിയമനം എന്ന് പറഞ്ഞാൽ ഒന്ന് മുകളിലേക്ക് കയറി നിന്ന് ഇതിനപ്പുറത്ത് എനിക്കൊരു ഉണ്മയുണ്ടെന്നറിഞ്ഞ് നിയമ്യ ആത്മനി ഏവ വശം നയേ ഭഗവാൻ നന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ തന്നെ വശം അതിലേക്ക് വശം എന്ന് പറഞ്ഞാൽ അധീനമാക്കി നയത് നയിക്കണം കൊണ്ടുവരണം കാര്യം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇവിടെ മനസ്സിലാക്കാം വളരെ എളുപ്പമാണ് ഇതിനെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ശ്ലോകത്തെ അല്ല ആശയത്തെ ഇത് ശ്ലോകം പിന്നീടാണല്ലോ ഇങ്ങനെയൊക്കെ ആയി തീർന്നത് എന്താണ് ആശയം എവിടെയാണോ മനസ്സ് വ്യാപരിക്കുന്നത് ആ വ്യാപരിക്കുന്ന മനസ്സിനെ വിഷയങ്ങളിൽ നിന്നടർത്തി ബാഹ്യ വിഷയങ്ങളിൽ നിന്നടർത്തി ഈശ്വരോന്മുഖമാക്കണം ഇങ്ങനെയാണ് ആളുകൾ പറയാറ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അതുകൊണ്ട് എന്ത് വേണം ഈ ഓടുന്ന മനസ്സിനെ പിടിച്ച് ഈശ്വര ഈശ് ഈശ്വരനിലേക്ക് ആത്മാവിലേക്ക് ബോധത്തിലേക്ക് ചേർക്കണം പറയാൻ നല്ല സുഖമാണ് പക്ഷെ നടപ്പില്ല എന്ന് പറയാ പറയാൻ വളരെ എളുപ്പമാണ് അതായത് ആശ്രമത്തിൽ സ്വാമിയാരുടെ പ്രഭാഷണം എന്താ സ്വാമിയാർ പറയുന്നത് അന്തേവാസികളോട് പറഞ്ഞു അവിടെ കൂടിയിരിക്കുന്ന ഭക്തന്മാരോടൊക്കെ പറഞ്ഞു ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഈ ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ ജഗത് മിഥ്യയാണ് ഇല്ലാത്തതാണ് ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ് അത് ഇല്ലാത്തതാണ് ഈ കാണുന്നതൊന്നും ഇല്ലാത്തതാണ് അപ്പൊ അതില് ഒരാള് ഒരു കുട്ടി ഒരു ചെറുപ്പക്കാരൻ അവന്റെ അമ്മയോടൊപ്പം ആശ്രമത്തിലേക്ക് ചെന്നിട്ടുണ്ട് എന്തിനാ പോയത് എന്നാണ് പ്രഭാഷണം കഴിഞ്ഞിട്ട് സ്വാമി ഊണിയഴിക്കാൻ അവരുടെ വീട്ടിലേക്കാണ് പോണത് അപ്പൊ അവനാദ്യമായിട്ട് കേൾക്കുകയാണ് ഈ പ്രഭാഷണം എന്തൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് വല്ല വെളിപാടുണ്ടോ ഇദ്ദേഹത്തിന് കുറെ കേട്ടപ്പോ അവൻ അമ്മയോട് ചോദിച്ചു അമ്മേ ഈ സ്വാമി നമ്മുടെ വീട്ടിലേക്ക് ഊണിക്കാൻ വരില്ലേ ഉണ്ടാക്കിയതൊക്കെ വെറുതെയാവുമെന്ന് കാരണം ഇതൊന്നും ഇല്ല എന്നല്ലേ പറയണത് സ്വാഭാവികമായിട്ട് അവനുണ്ടാവുന്ന സംശയ ഇതൊന്നുമില്ലാത്തതല്ലേ അവന് തോന്നിയി അവർ വടിയെടുത്ത് തലയ്ക്കൊന്ന് കൊടുക്കണമെന്ന് അപ്പൊ ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കപ്പെട്ടു അല്ലെങ്കിൽ തെറ്റായി നാം മനസ്സിലാക്കി ഇത് കാര്യം വളരെ എളുപ്പമാണ് ഇനി നാം ശ്രമിക്കുന്നത് എങ്ങനെയാണ് നാം നാം മനസ്സിലാക്കിയത് എങ്ങനെയാണ് വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ ഈശ്വര ഈശ്വരന്റെ അടുത്തേക്ക് അടുപ്പിക്കണം എന്ന് പറയുമ്പം പൂജാമുറിക്കകത്തിരിക്കുന്ന ഏതോ ഒരു വിഗ്രഹത്തിലേക്കോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്കോ അങ്ങനെയല്ലേ നമ്മുടെ മനസ്സ് ഇത് ആകെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് എന്താ ഈ നിർമ്മിച്ചിട്ടുള്ള കലണ്ടറുകൾക്കുള്ള ആ രൂപത്തിലല്ലേ നമ്മുടെ മനസ്സ് പോയി നിൽക്കുന്നത് അതിനപ്പുറത്തേക്ക് വളർന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഭാഗ്യം ഈശ്വരൻ എന്ന് പറയുമ്പം ക്ഷേത്രം ആശ്രമം പൂജാമുറി ഇതം സർവം ഈശാവാസ്യം എന്നത് നാം ഇനിയും അംഗീകരിച്ചിട്ടില്ല അപ്പം മനസ്സ് എവിടെ പോട്ടെ എവിടെ വേണമെങ്കിൽ പോട്ടെ പോകുന്ന ഇടമെല്ലാം എന്താണ് ഈശ്വരന്റെ സങ്കേതം ഇതാണ് വിഷയങ്ങളിൽ നിന്നും നിയമനം ചെയ്യൽ നമ്മൾ തൽക്കാലം വിചാരിച്ചിരിക്കുന്നു ഇത് ഇന്നതാണ് നിങ്ങൾ ഇത് ഇന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ ഇത് നമ്മൾ ഈ ഹിമാലയ അവിടെ ഉള്ളൊരു കഥ പറയും ഈ ഹിമാലയത്തിൽ നല്ല തണുപ്പാണല്ലോ അങ്ങനെ തണുപ്പ് കൂടി വരുന്ന സമയത്ത് ഒരാൾ ഹിമാലയത്തിൽ ആ ഗംഗയുടെ തീരത്ത് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരുന്നിട്ട് തണുത്ത് വിറയ്ക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം വിചാരിച്ചു ആരെങ്കിലും ഒരു കമ്പളം തന്നിരുന്നെങ്കിൽ രക്ഷയായേനെ എന്ന് അങ്ങനെ അദ്ദേഹം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക ഭഗവാനെ ഒരു കമ്പിളി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായനെ അങ്ങനെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഭഗവാൻ ഭഗവാൻ ഈ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നത് വല്ലാത്തൊരു ഭഗവാന്റെ ഒരു വീക്ക്നെസ്സാണ് ഭക്തന്മാരെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ കമ്പിളി രൂപത്തിൽ അങ്ങനെ ഗംഗയിലൂടെ ഇങ്ങനെ ഒഴുകി വന്നു അപ്പൊ അവൻ ചാടി പോയിട്ട് നീന്തിപ്പോയി ആ കമ്പ്ളിക്കെട്ട് ഇങ്ങോട്ട് പിടിച്ചപ്പോഴാണ് അതൊരു കരടിയായിരുന്നു പിടിച്ച് ഇവനെ ഇങ്ങോട്ട് പിടിച്ചു എന്ന് വിട്ടാലും വിടില്ല കംപ്ലിക്കറ്റ് എന്ന് കേട്ടിട്ടില്ലേ പ്രയോഗം നമ്മള് നമ്മൾ എന്താ പറയുക നമ്മൾ അതിനെ ഇനി നമ്മൾ വിട്ടു കഴിഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അത് നമ്മളെ വിടില്ല എന്ന് പറയാ അതുകൊണ്ട് വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നടപ്പില്ലാത്ത കാര്യമാണ് ഇനി ഇങ്ങോട്ട് എടുത്ത് വേറെ എവിടേക്കെങ്കിലും സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് ഈശ്വരനാണെന്നുള്ള ബോധം അപ്പൊ ഈശ്വരൻ വിഭജിക്കപ്പെടും ആത്മാവ് വിഭജിക്കപ്പെടും വിഭജനത്തിന് അത് വിധേയമല്ല അച്ചയദ്യോയ മതാഹ്യോയം അക്ലയേദ്യോ അശോഷ്യ ഏവച്ച നിത്യ സർവഗത സ്ഥാണുഹു എന്നൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനിയും പറയാൻ പോകുന്നുണ്ട് അപ്പം മനസ്സ് എവിടെയാണോ പറയണോ തതഃ തതഹ നല്ല ഗംഭീര പ്രയോഗങ്ങളാണ് തതഃ തതഹ അതത് വിഷയത്തിൽ അവിട്ട് അവിട്ട് യഥ യഥ അവിടെ അവിടെ അവിടെ തന്നെ എന്തുവേണം നിയമ്യ നിയമിച്ചിട്ട് നിയമനം ചെയ്തിട്ട് നിയമനം ചെയ്യ എന്ന് പറയുമ്പോ ഇവിടെ അതിൽ തന്നെ ആത്മനി വശം നയേത് എന്നാ പറഞ്ഞത് ആത്മാവിന്റെ വശത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പം അതിലെ നിത്യതയെ അറിയുക അതിലെ മാറ്റമില്ലാത്തതിനെ അറിയുക എന്ന് പറഞ്ഞാൽ നാമവും രൂപവുമാണ് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് നാമരൂപങ്ങൾ കപ്പുറത്തുള്ള ഒന്നുണ്ട് അതിലേക്ക് നിന്റെ ശ്രദ്ധയെ അത്തരത്തിലുള്ള ശ്രദ്ധ നമ്മുടെ ഉപയോഗത്തിന് എന്തെങ്കിലും കുറവ് സംഭവിക്കോ ഇല്ല ഒരിക്കലും അത് തെറ്റിദ്ധരിക്കേണ്ട അതുകൊണ്ട് ഗുരുവിനെ തലമുണ്ടയ്ക്ക് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല അടിച്ചു കഴിഞ്ഞാൽ വേദന ഉണ്ടാവും ഗുരുവല്ലാം ബ്രഹ്മമല്ലേ പിന്നെന്തിര നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നവും ബ്രഹ്മണാവുധം ബ്രഹ്മയവദേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്നൊക്കെ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് അപ്പൊ ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക ഈശ്വരൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിനെ കെട്ടിവലിച്ച് വളരെ ദൂരത്തുള്ള തിരുപ്പതിയിലേക്കോ എന്നാൽ അടുത്തുള്ള ഗുരുവായൂരിലേക്കോ ഇനി അതിൻ്റെ അടുത്ത് നിങ്ങൾ ഗുരുവായൂർ പോകുമ്പം ഗുരുവായൂർ പോകും ഇവിടെ ഇരുന്ന് എന്തിനാണ് ഗുരുവായൂർ പോകുന്നത് പിന്നെ ഈ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അതൊക്കെ അക്ഷരാർത്ഥത്തിന് എടുത്താൽ കുഴപ്പമാണ് ഗുരുവായൂർ പോകാത്ത കാലെന്തിനാ കണ്ണാ കാലെന്തിനാ ഓ അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയാം കണ്ണനെ കാണാത്ത കണ്ണേ അപ്പം മറ്റു അത് ഒരു ചിലപ്പോൾ ഒരു വിഭജനങ്ങൾ ഉണ്ടാക്കില്ലേ അത് ഈ മതങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇന്നാളുകളെ അവിടെ പോളൂ ഇന്നാളുകളെ ഇവിടെ പോളൂ എന്ന് അപ്പൊ നമ്മുടെ സംസ്കൃതിയിൽ അങ്ങനെ ഒരു വിഭജനമേ ഇല്ല ഇതം സർവമീശാവാസ്യം എന്ന് പറഞ്ഞാൽ എന്റെ പാദസ്പർശം എന്റെ എല്ലാം എന്റെ കാഴ്ചയും എന്റെ കേൾവിയും എൻ്റെ എല്ലാം തന്നെ ഞാനതിലാണ് അതിൽ നിന്ന് അന്യമായി എനിക്കൊരു നിലനിൽപ്പില്ല അറിയുന്നു എല്ലാവർക്കും നമസ്കാരം ഇതം സർവമീശാവാസ്യം എന്ന് പറഞ്ഞാൽ എന്റെ പാദസ്പർശം എന്റെ എല്ലാം എന്റെ കാഴ്ചയും എന്റെ കേൾവിയും എന്റെ എല്ലാം തന്നെ ഞാൻ അതിലാണ് അതിൽ നിന്ന് അന്യമായി എനിക്കൊരു നിലനിൽപ്പില്ല ഇതിനെയാണ് ആത്മനിയേവ വശം നയേ എന്ന് പറഞ്ഞത് അല്ലാതെ ബുദ്ധിമുട്ടാണ് അല്ലാതെ നിങ്ങളെ കബളിപ്പിക്കലാണ് ബാക്കി എന്ത് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അത് കബളിപ്പിക്കലാവും നോക്കൂ നിങ്ങളുടെ മനസ്സിനെ ഈശ്വരന്റെ അടുത്തേക്ക് കൊണ്ടുവരും ആരാ സാർ ഈശ്വരൻ എന്ന് ചോദിക്കൂ അങ്ങനെ പറയുന്നവരോട് എവിടെയാ മൂപ്പരി ഇരിക്കുന്നത് എന്ന് അതുകൊണ്ട് ആദ്യം കിട്ടിയിട്ടുള്ളതിനെയൊക്കെ ശരീരത്തോട് നമുക്കൊരു എന്താ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് വളരെ മോശപ്പെട്ട ഒന്നാണെന്ന് അങ്ങനെയല്ല ശരീരമാദ്യം ഖലു ധർമ്മ സാധനം ധർമ്മത്തെ അറിയാനുള്ളതാണ് ശരീരം അതും പവിത്രമാണ് ഈ വിശ്വത്തിലല്ല ഉണ്ട് ആത്മനിയേവ വശം നയേ എന്ന് പറയുമ്പം ശ്രദ്ധിക്കുക തുടർന്നു പ്രശാന്ത മനസം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ൂതമകൽമം പ്രശാന്ത മനസം ഹി ഏനം യോഗിനം സുഖം ഉത്തമം ഉപൈതി ഉപൈ ഉപൈതി ശാന്തിരജസം ബ്രഹ്മഭൂതം അകന്മഷം പ്രശാന്ത മനസ്സം മനസ്സ് അടങ്ങിയിട്ടുള്ള ഒരു തടാകം പോലെ അതിലൊരു കൊതുകു വന്ന് വീണാൽ ചെറിയൊരോളുണ്ടാക്കും കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ തടാകം ഇല്ല സ്വാമി കാണും ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഒന്ന് വീട്ടിൽ അതുപോലെ ആവട്ടെ മനസ്സ് എന്ന് പറയാം പ്രശാന്ത മനസ്സ് ഒരു കൊതുക് വീണാൽ ഓളം പോകുന്ന പ്രശാന്തി അതായത് ധ്യാനത്തിൽ ആ നിങ്ങൾക്കത് വെളിപ്പെടും അതായത് നമ്മളൊരു ഒരു മന്ത്രമൊക്കെ ചൊല്ലി ആ മന്ത്രം ചൊല്ലി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ ആരംഭമൊക്കെ അതിനെയൊക്കെ ദീർഘിപ്പിച്ചു കൊണ്ടുപോകണം ഇവിടുന്ന് നിർദ്ദേശങ്ങൾ തരാനേ പറ്റുള്ളൂ തുടർന്ന് തുടർന്നു അവസാനം നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാതെ ധ്യാനം പറ്റില്ല എന്നുള്ള അവസ്ഥ ആവരുത് പ്രശാന്ത മനസ്സും മനസ്സ് പ്രശാന്തമാകുന്നത് ചിന്തകളെല്ലാം ഒഴിയുമ്പോഴാണ് പിന്നെ അത് മനസ്സല്ല പിന്നെ അവിടെ ശബ്ദം കൊണ്ട് പറയണമെന്നേ ഉള്ളൂ ചഞ്ചലാത്മിക അല്ല പിന്നെ പിന്നെ നിശ്ചലാത്മികയാണത് ശാന്തരജസം അതിലെന്താണ് രജസം ശാന്തം രജോഗുണങ്ങളെല്ലാം അടങ്ങിയത് രജോഗുണമാണ് ഇങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ശാന്തരസം ആ മനസ്സ് മനസ്സൊന്നിലും പോയി പതിക്കാതിരിക്കുന്ന ഭാവം ശാന്തരജസം അതിന്റെ ആ തെളിമയിലും മഹിമയിലും അങ്ങനെ ഇരിക്കുക പരിശീലിക്കാം നമുക്ക് അകൽമഷം അതിലെന്താണ് അഹങ്കാരം ഒരൽപ്പം പോലുമില്ലാതെ ഒരു പ്രകാരത്തിലുള്ള പാപചിന്തയും ഇല്ലാത്ത കൽമഷം എന്ന് പറഞ്ഞാൽ പാപം എന്നാണ് പാപമൊന്നുമില്ലാത്ത കൽമഷം ബ്രഹ്മഭൂതം അത് ഭവിച്ചു എന്തായി ഭവിച്ചു ബ്രഹ്മമായി ഭവിച്ചു അത് രാമകൃഷ്ണദേവൻ പറയുമല്ലോ ഉപ്പുപാവ ഉ കടലിന്റെ ആഴ പോയി കഴിഞ്ഞാൽ ഉപ്പുപാവയ്ക്ക് സംഭവിക്കുക ഇതാ പ്രശാന്ത ശാന്തരജസം ബ്രഹ്മഭൂതം അകൽമഷം പിന്നെ സമുദ്രമായി തീരുകയാണ് ഇങ്ങനെ പോകുന്നു പോകുന്നു ഏനം യോഗിനം ഇത്തരത്തിലുള്ള യോഗിയെ ഉത്തമം സുഖം ഉപൈതി ഏറ്റവും ശ്രേഷ്ഠമായ നിരപേക്ഷമായ ആനന്ദത്തെ അവൻ പ്രാപിക്കുന്നു അത് സഹജമായി തീരുന്നു എന്ന് പറയാം പിന്നെ യാതൊരു തരത്തിലുള്ള വിദ്വേഷങ്ങളോ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളോ ഒന്നുമില്ല പറയണോ ഏനം യോഗിനം അത് യോഗിയാണോ എന്ന് സംശയമുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിയാൽ മതി ആരാ യോഗി യോഗിയല്ലാത്തവൻ എന്നൊക്കെ ശിഷ്യൻ ചോദിക്കുന്നുണ്ട് യോഗിയുടെ ലക്ഷണം അപ്പൊ ഗുരു ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു ഗുരു പറയും ഒരിക്കലും ഒരാൾ ഒരു ബാർബർ ഷോപ്പിലേക്ക് ചെന്നു അപ്പോൾ ബാർബർ അവിടെ ഒരു ഒരു ധനികൻ്റെ ധനികനെ ക്ഷൗരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ യോഗിയാണ് ആൾ ഒരു പക്ഷേ ആളെ കണ്ടുകഴിഞ്ഞാൽ ഒരു വലിയ എന്താ ഒരു ഭിക്ഷക്കാരനെ പോലുള്ള ഒരാൾ അപ്പൊ അയാൾ അങ്ങോട്ടേക്ക് ചെന്നു ഈ ബാർബർ ഷോപ്പിലേക്ക് ചെന്നു ബാർബർ ഷോപ്പിലേക്ക് ചെന്നപ്പം ആ ബാർബർ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു അടുത്ത കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു അവിടെ ഇരുത്തി കൊടുത്തിട്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു നിമിഷം എന്ന് പറഞ്ഞു ഈ പകുതി ഇതാക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഇദ്ദേഹം ചോദിച്ചു എന്താ എന്താ എന്താ ചെയ്യേണ്ടത് എന്ന് അപ്പൊ പറഞ്ഞു മൊത്തത്തിലെടുത്തോളാൻ പറഞ്ഞു അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു ക്ലീനാക്കി കൊടുത്തു ഇദ്ദേഹത്തിൻ്റെ പകുതിയിൽ ഇരിക്കുകയാണ് അത്രയും എന്നിട്ട് ഇദ്ദേഹം കുറച്ച് കാശും പക്ഷേ ഒരു വളരെ ഭവ്യതയോടുകൂടി അദ്ദേഹത്തിന് കൊടുത്തിട്ട് നമസ്കാരമൊക്കെ പറഞ്ഞു അപ്പൊ ഇദ്ദേഹത്തിന് തോന്നിയോ എന്നെ തിരിച്ചറിഞ്ഞോ ആർക്ക് ഈ യോഗിക്ക് തിരിച്ചറിഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് തോന്നി എനിക്കിന്ന് എന്ത് കിട്ടിയാലും ഞാൻ ഇവന് കൊടുക്കാം നല്ലൊരു അവന് വളരെ ബാർബറെക്കുറിച്ച് വളരെ മതിപ്പ് തോന്നി കാരണം മറ്റൊരാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം പകുതിയിലാണല്ലോ ഇവൻ വന്ന് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ അവന് കൊടുക്കാം ഇന്ന് കിട്ടുന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തന്നാൽ ഇന്നത് അവന് കൊടുക്കാം അങ്ങനെ ആൾ പോയിരിക്കുമ്പോ ഒരു ധനികൻ കുറെ എന്തോ കൊടുത്തു കാശെന്തോ കൊടുത്തു അപ്പൊ അതങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ട് ഈ ബാർബർ ഷോപ്പിലുള്ള ആൾക്ക് കൊടുത്തു ആ ബാർബർ ഷോപ്പിലെ ആൾക്ക് ദേഷ്യം വന്നു എന്നാ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ വിചാരിച്ചു നിങ്ങളൊരു യോഗിയാണ് ഞാൻ തെറ്റിദ്ധരിച്ചു നിങ്ങൾ ഞാൻ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം വില പറയാൻ വന്നവനാണോ ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം ഗുരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ബാർബറാണ് യോഗി എന്ന ബർബറാണ് ആര് യോഗി അത് ഒരു ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാത്തവൻ നിരന്തരം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രശാന്ത മനസ്സ് ഒരു തരത്തിലും അതിനൊരു വിളക്കുമില്ല എന്നാലത് തിരുത്തിക്കൊണ്ടിരിക്കുന്നു മറ്റു പലതിനെ യോഗിയെപ്പോലും തിരുത്താൻ പോകുന്ന മഹായോഗി ഉത്തമം സുഖം ഉപേതി പിന്നെ അത് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിലൊരു സ്ഥിരം കോൺട്രാക്റ്റാവും പിന്നെ ഇദ്ദേഹം ഇങ്ങോട്ട് വരും പിന്നെ അയാൾ അങ്ങോട്ട് പോവും അതായത് അവര് പ്രസന്റിലാണ് അവര് എന്ന് പറയാം അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ തുടർന്നു യുഞ്ചൻ ഏവം സദാത്മാനം യോഗീ വിഗത ബ്രഹ്മ സംസ്പർശം അത്യന്തം സുഖമേ യുഞ്ചന് ഏവം സദാ ആത്മാനം യോഗി വിഗത കന്മഷ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖം അശ്നുതേവം സദ ഇപ്രകാരം സദ എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും എന്ന് കേൾക്കുമ്പം നമുക്ക് യോഗിയുടെ ഒരു പഴയ ചിത്രമുണ്ട് ഒരു പഴയ ഫോട്ടോ ഏതാണ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പശ്യൻ ശൃണ്വൻ സ്വപൻ ശ്വസൻ ഉന്മിഷൻ നിമിഷൻ ജിഗ്രൻ അല്ലേ എന്തായിരുന്നു സ്വാമി അതൊക്കെ കാണുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും കൊടുക്കുമ്പോഴും മേടിക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും കണ്ണടയ്ക്കുമ്പോഴും അല്ലേ മലമൂത്രാദി വിസർജനാദികൾ ചെയ്യുമ്പോഴും എല്ലാം അവനെല്ലാം ചെയ്യുന്നു ആ സദാ എപ്പോഴും ആത്മാനം യുഞ്ചൻ ആത്മാനം മനസ്സിനെ യുഞ്ചൻ യോജിപ്പിക്കുന്നവനായിട്ട് ആ ലിങ്ക് അവൻ വിടുന്നേ ഇല്ല ആ കണ്ണി അവൻ വിടുന്നില്ല എന്ന് പറയാം ആത്മാനം യുഞ്ചൻ നമുക്ക് വിട്ടുപോകുന്നത് കണ്ണിയാണ് വികത കൽമഷ എല്ലാ കൽമഷങ്ങളും പാവങ്ങളും രഹിതമായിട്ടുള്ള യോഗി കർമ്മവാസനകളൊക്കെ ഒടുങ്ങിയിട്ടുള്ള അവൻ ബ്രഹ്മസംസ്പർശം ബ്രഹ്മസ്പർശമായിട്ടുള്ള അത്യന്തം സുഖം സുഖേന അശ്ണുതെ നല്ല പ്രയോഗ അത്യന്തം സുഖം പരമമായ സുഖത്തെ ആനന്ദത്തെ സുഖേന സുഖേന എന്ന് പറയുമ്പോൾ ഇവിടെ ഒട്ടും പ്രയാസം കൂടാതെ അഷ്ണുതെ അനുഭവിക്കുന്നു കാരണം അത് താനാണ് ഞാനാണത് എന്ന് പറയുക ആ ഞാൻ അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക അതുകൊണ്ടാണ് എന്താ ഞാൻ ബ്രഹ്മമല്ല എന്ന് എങ്ങനെ ഞാൻ അറിയാതിരിക്കും എങ്ങനെ ഞാൻ അതായത് ഞാൻ ബ്രഹ്മമാണ് ഞാൻ ബ്രഹ്മമല്ല എന്ന് ഞാൻ അറിയുക എന്നത് എന്നെ സംബന്ധിച്ച് വലിയ വിഷമമാണ് ഇതാണ് യോഗിയുടെ അവസ്ഥ ഞാൻ വീട്ടിലില്ല എന്ന് ഒരാള് ജനലിലൂടെ പറഞ്ഞ് എങ്ങനെ ഉണ്ടാവും ഒരിക്കലങ്ങനെ സംഭവിച്ചു എന്നാണ് ആർക്കാ മുല്ലയ്ക്ക് മുല്ല നസ്രുദീ മുല്ല നസ്രുദീ എന്ന് പറയുമ്പം ചിലർക്കൊക്കെ സംശയമുണ്ടാവും ആരാണ് ഇങ്ങോരെന്ന് അതായത് നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ നമ്പൂതിരി നമ്പൂരി ഫലിതങ്ങൾ എന്ന് പറയുമല്ലോ നമ്പൂരി ഫലിതം എന്ന് പറയുമ്പം ആ ഫലിതങ്ങളിലൊക്കെ ഒരു കുറേ ഫലിതങ്ങളിൽ നല്ല നല്ല ആശയങ്ങളുണ്ട് സ്വയം താൻ വിഡ്ഡിയായിക്കൊണ്ട് മറ്റുള്ളവരെ ചിന്തിപ്പിക്കുന്ന ഒരു രീതി സ്വീകരിച്ചിട്ടുള്ള ആളായിരുന്നു ആ ഒരു നമ്പൂതിരി ഫലിതം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ് അതുപോലെ മുല്ല നസ്രുതി ജ്ഞാനിയായിരുന്നു തത്വചിന്തകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ അദ്ദേഹത്തിനൊരു കഴുത ഇതൊക്കെയായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹം അപ്പൊ നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുല്ലാക്കിയാണെന്ന് കരുതരുത് ഒരു സൂപ്പി സെയിൻറ്റാണ് അദ്ദേഹം മുല്ല നസ്രുതിയും അപ്പൊ അദ്ദേഹം ഒരിക്കൽ സുഹൃത്തുക്കളുടെ കൂടെ ചെസ് കളിക്കിയിരുന്നു അപ്പൊ എന്തോ പറഞ്ഞു വന്നപ്പം സുഹൃത്തുക്കൾ പറഞ്ഞു മുല്ല ഇതുവരെ നിങ്ങൾ ഞങ്ങളെ ആരെയും വീട്ടിൽ വിളിച്ചിട്ട് ഒരു പാർട്ടി തന്നിട്ടില്ലല്ലോ എന്ന് അപ്പൊ മുല്ല പറഞ്ഞു ഓഹോ അങ്ങനെയാണോ എന്നാ ഇന്ന് നമുക്ക് എന്റെ വീട്ടിൽ ആഘോഷിക്കാം എന്ന് പറഞ്ഞു മുല്ല പറഞ്ഞപ്പോ അവരെ അത് കാര്യമാക്കി എന്നാ ശരി വിശക്കുന്നു നമുക്ക് നിർത്താൻ കളി പോവാം മുല്ലയുടെ വീട്ടിലേക്ക് പോവാം വീടിനോട് അടുക്കും തോറും മുല്ലയ്ക്ക് ഭയം കാരണം ഭാര്യ അവിടെയുണ്ട് ഭാര്യയുടെ രൂപവും ഭാര്യയുടെ പ്രതികരണവും ഒക്കെ മുല്ലയ്ക്ക് നന്നായിട്ട് അറിയാം അപ്പോഴാണ് മുല്ലയ്ക്ക് ഓർമ്മ തന്നെ വന്നത് ഓ താൻ എന്തിനായിരുന്നു വന്നതെന്ന് ഭാര്യ പച്ചക്കറി മേടിക്കാൻ പറഞ്ഞു വിട്ടതാണ് പോരെ എന്നിട്ടാണ് അവിടെ പോയി ചെസ് കളിക്കാൻ ഇരിക്കുന്നത് വീട് ഏകദേശം എത്താറായപ്പോ എത്തി വീട്ടിങ്ങനെ കാണാം ആ പാകത്തിനെത്തിയപ്പോൾ മുല്ല പറഞ്ഞു നോക്കൂ സുഹൃത്തുക്കളെ നിങ്ങളും കല്യാണമൊക്കെ കഴിച്ചിട്ടുള്ളവരാണല്ലോ നിങ്ങൾക്കറിയാലോ ഒരു വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ വരുന്നത് അവർക്കറിയില്ല ഭാര്യയ്ക്കറിയില്ല അപ്പം ഞാനൊന്ന് പോയി ഒന്ന് അവരെയൊന്ന് തണുപ്പിക്കട്ടെ എന്നിട്ട് നിങ്ങളങ്ങോട്ട് വന്നാൽ മതി എന്നും പറഞ്ഞു മുല്ല എന്ത് ചെയ്തു വേഗം വീട്ടിലേക്ക് പ്രവേശിച്ചു വീട്ടിലേക്ക് പ്രവേശിച്ച മുല്ല പറഞ്ഞു ഇതേ ഇങ്ങനെയാണ് കാര്യം നീ എന്നെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം അപ്പോഴേക്ക് അവര് തുടങ്ങി അങ്ങോട്ട് പച്ചക്കറി ഇവിടെയെന്ന് അയ്യോ പച്ചക്കറി അപ്പൊ മുല്ല കാലു പിടിച്ചു നീ എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ സഹായിക്കും എന്തൊക്കെ നീ ഒരു കാര്യം ചെയ്യും നീ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരോട് ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞു ഇവര് പുറത്തിറങ്ങിയിട്ട് ചോദിച്ചു എന്താ നിങ്ങളൊക്കെ ഇവിടെ അപ്പോഴേക്കും അവർ വീട്ടിന്റെ അടുത്തെത്തി എന്താ ഇവിടെ അല്ല ഞങ്ങൾ മുല്ലയെ കാത്ത് നിൽക്ക അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ ഏ അദ്ദേഹം മാർക്കറ്റിൽ പച്ചക്കറി മേടിക്കാൻ പോയി അല്ലല്ലോ ഞങ്ങൾ ഒരുമിച്ച് ചെസ് കളിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചല്ലേ വന്നത് ഇത ഞങ്ങൾ കണ്ടുവല്ലോ അദ്ദേഹം വീട്ടിനകത്ത് കയറിയിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അദ്ദേഹത്തിന് വീട്ടിന് വീട്ടിനകത്ത് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞപ്പോ ഇതെല്ലാം മുല്ല ജനലിൻ്റെ അവിടുന്ന് കേൾക്കണം പക്ഷെ ഭാര്യ പാവം അവരുടെ മുൻപിൽ പരിങ്ങുന്നത് കണ്ടു എന്ന് പറയാം അപ്പോ മുല്ല പറഞ്ഞു മുല്ല എന്ന് പറഞ്ഞ ആളിവിടെ ഇല്ല അഥവാ നിങ്ങൾ കയറുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പിറകിൽ കൂടെ പൊയ്ക്കൂടെ അതുകൊണ്ട് നിങ്ങൾ എന്തിനാ പാവം ആ സ്ത്രീയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് നിങ്ങൾ പൊയ്ക്കോളൂ അതേ ഇവിടെ ഇല്ല അതേ നമ്മളോട് പറയുന്നത് ഞാൻ വീട്ടിനകത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിനകത്ത് ഇല്ലാതെയാകുമോ എനിക്ക് സന്തോഷമില്ല എന്ന് നമ്മൾ പറയുന്നത് ഇതുപോലെയാണ് നമ്മുടെ സ്വരൂപമേ അതാണ് നമ്മുടെ സ്വരൂപം അതാണ് അങ്ങനെ സൂര്യതുല്യം സത്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതായത് അതാണ് സത്യം എന്നിരിക്കെ നാം പറയാം അയ്യോ സ്വാമി അയ്യോ ഞാൻ എനിക്ക് ഒരു സമാധാനവും ഇല്ല ഒരു സുഖവും ഇല്ല ആനന്ദം എന്നത് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല ഇത് നിങ്ങൾ വീട്ടിനകത്തില്ല എന്ന് പറയുന്നത് പോലെ അതുകൊണ്ട് ഞാൻ വീട്ടിനകത്തില്ല എന്ന് പ്രസ്താവന നടത്തിയാൽ ഞാൻ വീട്ടിനകത്തില്ലാതിരിക്കോ ഇല്ല എന്ന് പറയും അതുകൊണ്ട് ആരാണ് ഞാൻ അത്യന്തം സുഖം സുഖേന അശ്ണുതേ ആ എന്താ പ്രയാസം കൂടാതെ ആ ആനന്ദത്തെ അഹം അശ്ണുതെ ഞാൻ അനുഭവിക്കുന്നു ഞാനതാണ് അപ്പോഴാണ് നമ്മൾ എവിടെ എത്തിച്ചേരുന്നത് സ്വഗൃഹത്തിൽ എത്തിച്ചേരുന്നത് അപ്പോഴാണ് നമ്മൾ ഗൃഹസ്ഥനാവുന്നത് സ്വഗൃഹത്തിൽ ഗൃഹസ്ഥൻ എത്തിച്ചേരണം ഇപ്പൊ ഗൃഹസ്ഥൻ വേറെ പലയിടത്തും ഇരിക്കുക പോയിട്ടു थनता च आत्म ईक्षते योगयुक्ता सदर्शन है സർവത്ര സമദർശന സർവത്ര എല്ലായിടത്തും സമദർശന സമത്തെ ദർശിക്കുക സർവത്ര സമദർശനം എന്ന് പറഞ്ഞാല് സർവത്ര സർവ എല്ലാറ്റിലും ആ സമമായിട്ടുള്ള അതിനെ കാണുക അല്ലാതെ എല്ലാം ഒരുപോലെയല്ല എല്ലാം ഒരു യൂണിഫോം ഇട്ടതായിട്ട് കാണലല്ല പിന്നെയോ വൈവിധ്യമാർന്നതാണ് കാഴ്ചയില് എന്നാലും അതിനെയാണ് കാണുന്നത് എന്ന് പറയും അത് അമ്മയ്ക്ക് കാണാൻ പറ്റുമല്ലോ കുട്ടികള് പല വിധത്തിലുള്ളവരാണെങ്കിലും രാമകൃഷ്ണദേവൻ പറയും മക്കള് ഒരമ്മയുടെ മക്കള് പലതും പല വിധത്തിലാണ് പക്ഷെ അമ്മ ഒരുപോലെയാണ് കാണുക എന്ന അമ്മയാണെങ്കിൽ ചില അമ്മമാരങ്ങനെയല്ല ചിലര് അവരമ്മന്നുള്ള പ്രസവിച്ചതുകൊണ്ട് മാത്രം അമ്മയാവണം എന്നില്ല കേട്ടോ പ്രസവിക്കുന്നതല്ല അമ്മയുടെ ലക്ഷണമായിട്ടും ഭാരതം പറയുന്നത് ഭാരതത്തിലെ മാതൃത്വത്തെ മഹത്തുന്നതൊക്കെ പ്രസവിക്കാത്ത കുട്ടികളെയൊക്കെയാണ് ഗുരു നിത്യചൈതന്യ എഴുതി മറക്കാനാവാത്തവർ എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയത് അതിൽ അദ്ദേഹം മാതൃഭാവത്തെ ഒരു ചെറിയ കുട്ടിയിൽ കാണുന്നു കാഞ്ചി ശങ്കരാചാര്യരെ കാണാൻ വേണ്ടി അദ്ദേഹം തെരുവിലൂടെ നടന്ന് ഒരുപാട് പ്രയാസപ്പെട്ട് വിഷമിച്ച് ഒരു ഹോട്ടലിലെത്തി അവിടുന്ന് എന്തോ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കാഞ്ചിപ്പെരിയവർക്ക് പോലും ബഹുമാനിതനായ ഒരു ബ്രാഹ്മണനെക്കുറിച്ച് അവിടെ ഇരുന്ന് ആളുകൾ പറയുന്നത് കേട്ടപ്പം ഇദ്ദേഹത്തിന് തോന്നി എന്നാൽ ശരി അദ്ദേഹത്തെ പോയി കാണാം അദ്ദേഹത്തിന് പോയി കാണാൻ ചെന്ന സമയത്ത് ആ വീട്ടിൽ ചെറിയൊരു പെൺകുട്ടി ഏഴെട്ട് വയസ്സായിട്ടുള്ള പെൺകുട്ടിയാണ് തോന്നുന്നുണ്ട് ഏഴെട്ടോ ഒമ്പത് അങ്ങനെ ഇത്ര കുറഞ്ഞ പ്രായമുള്ള പെൺകുട്ടിയാണ് പതിനാല് വയസ്സിൻ്റെ താഴെയാണ് പതിമൂന്ന് വയസ്സിൻ്റെ താഴെയാണ് അപ്പൊ ഈ കുട്ടി ആദ്യം തന്നെ അദ്ദേഹം വന്നത് കണ്ട സമയത്ത് തന്നെ ഒരു കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്തു നിന്നാണ് കാലു കഴുകാൻ വേണ്ടി ഒരാഞ്ഞ മാത്രം അങ്ങനെ കാണിച്ചുകൊണ്ട് അത് ആ വെള്ളം എന്തിനാണ് കൊടുത്തത് എന്നുള്ള സൂചന നൽകിക്കൊണ്ട് അതായത് വാക്കാനല്ല ആ കൊടുക്കലിലുണ്ട് അത് കാല് കഴുകാനുള്ളതാണ് പലപ്പോഴും നമുക്ക് പലരും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ എന്തിനാന്ന് പോലും അറിയില്ല അങ്ങനെയുണ്ട് ചിലര് ഈ എന്താ പറയുക നമ്മുടെ സഹസ്രനാമാർച്ചന ചെയ്യുന്ന സമയത്ത് ഈ എല്ലാവരും വരി വരിയായിട്ട് അങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗംഗയെ ആ വായിച്ചോണ്ട് ഗംഗയെ ജൈവുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്നൊക്കെ പറഞ്ഞ് ജലത്തെ തീർത്ഥീകരിച്ചിട്ട് എന്നാ എല്ലാവർക്കും അത് കൊടുക്കും കുറേശ്ശോ കുറേശ്ശോ കുറേശ്ശെ എന്തിനാണ് കൈ ശുദ്ധമാക്കി അർച്ചന ചെയ്യാം കിട്ടിയ പടി എന്ത് എന്ത് കിട്ടിയാലും ഷാപ്പിടുക എന്നുള്ളോ അറ്റാച്ച് ചെയ്തി അപ്പൊ പിന്നെ ചിലര് കാണാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോ അയ്യോ അപ്പൊ അത് അതിനുള്ളതായിരുന്നു അല്ലേ എന്നാ ശരി ഇങ്ങനെ പിന്നെയുള്ളത് വീണ്ടും എന്നുള്ളതാണ് അപ്പൊ എന്തിനാണെന്ന് പോലും പലപ്പോഴും നമുക്കറിയില്ല ഒരാളൊരു കാര്യം കൊടുക്കുന്ന സമയത്ത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇത് ചെയ്യുന്ന കാർമ്മി എന്താ പുരോഹിതന്മാർ ശ്രദ്ധിക്കണം ആളുകളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ട് ഇത് തരും അത് കുടിക്കരുത് അത് ആദ്യം ഇന്നതിനുള്ളതാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ അവരത് പറയില്ല അത് പറയാതിരിക്കലാണ് അവരുടെ ഉപജീവന മാർഗം കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അജ്ഞാനികളാണ് ഞാൻ ജ്ഞാനിയാണ് നിങ്ങളെ അജ്ഞാനിയാക്കിക്കൊണ്ടിരുത്തുക എന്നതാണ് അവരുടെയൊക്കെ വിജയം എന്ന് പറയുക ായാലും ഈ കുട്ടിയുടെ ഈ കൊടുക്കൽ കണ്ടപ്പോ തന്നെ അദ്ദേഹം അത് മേടിച്ചു കാല് കഴുകും ആ വെള്ളം കാലില് വീണപ്പോ തന്നെ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം സ്മരിക്കുന്നു അത് എന്റെ ആത്മാവിന്റെ അടിത്തട്ടിലേക്കായിരുന്നു ആ ജലം വന്ന് വീണത് എന്ന് പറഞ്ഞു പിന്നീട് വന്നിട്ടൊരു പലക ഇട്ട് കൊടുത്തു കുട്ടി അകത്ത് പോയിട്ട് കുടിക്കാൻ നല്ല വെള്ളം കൊടുക്കും അത് കുടിച്ചിട്ട് അദ്ദേഹം ഓ ശങ്കരാചാര്യർക്ക് കൊടുക്കാൻ വെച്ച നമസ്കാരം ആ കുട്ടിക്ക് ഞാൻ മനസ്സാ കൊടുത്തു എന്നാണ് പിന്നെയാണ് കുട്ടി ചോദിച്ചത് താത്തയെ കാണാനാണോ വന്നത് അതുവരെ ചോദ്യമൊന്നുമില്ല ഇതാണ് മാതൃത്വം എന്ന് അദ്ദേഹം പറയുന്നു ഭാരതത്തിലെ മാതൃത്വത്തെ മഹത്തുന്നതൊക്കെ പ്രസവിക്കാത്ത കുട്ടികളെയൊക്കെയാ ഗുരു നിത്യചൈതന്യ എഴുതി മറക്കാനാവാത്തവർ എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയത് അതിൽ അദ്ദേഹം മാതൃഭാവത്തെ ഒരു ചെറിയ കുട്ടിയിൽ കാണുന്നുണ്ട് കാഞ്ചി ശങ്കരാചാര്യരെ കാണാൻ വേണ്ടി അദ്ദേഹം തെരുവിലൂടെ നടന്ന് ഒരുപാട് പ്രയാസപ്പെട്ട് വിഷമിച്ച് ഒരു ഹോട്ടലിലെത്തി അവിടുന്ന് എന്തോ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കാഞ്ചിപ്പെരിയവർക്ക് പോലും ബഹുമാനിതനായ ഒരു ബ്രാഹ്മണനെക്കുറിച്ച് അവിടെ ഇരുന്ന് ആളുകൾ പറയുന്നത് കേട്ടപ്പം ഇദ്ദേഹത്തിന് തോന്നി എന്നാ ശരി പോയി കാണാം അദ്ദേഹത്തിന് പോയി കാണാൻ സമയത്ത് ആ വീട്ടിൽ ചെറിയൊരു പെൺകുട്ടി അപ്പൊ ഈ കുട്ടി ആദ്യം തന്നെ അദ്ദേഹം വന്നത് കണ്ട സമയത്ത് ഒരു കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്ത് കാലി കഴുകാൻ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 ായാലും ഈ കുട്ടിയുടെ ഈ കൊടുക്കൽ കണ്ടപ്പോ തന്നെ അദ്ദേഹം അത് മേടിച്ചു കാല് കഴുകുമ്പോ ആ വെള്ളം കാലില് വീണപ്പോ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം സ്മരിക്കുന്നു അത് എന്റെ ആത്മാവിന്റെ അടിത്തട്ടിലേക്കായിരുന്നു ആ ജലം വന്ന് വീണത് എന്ന് പറഞ്ഞു പിന്നീട് വന്നിട്ടൊരു പലക ഇട്ട് കുട്ടി അകത്തു കുടിക്കാൻ നല്ല വെള്ളം കൊടുക്കുന്നു അത് കുടിച്ചിട്ട് അദ്ദേഹം ഓ ശങ്കരാചാര്യർക്ക് കൊടുക്കാൻ വെച്ച നമസ്കാരം ആ കുട്ടിക്ക് ഞാൻ മനസ്സാ കൊടുത്തു നടത്തി പിന്നെയാണ് കുട്ടി ചോദിച്ചത് താത്തയെ കാണാനാണോ വന്നത് അതുവരെ ചോദ്യമൊന്നുമില്ല ഇതാണ് മാതൃത്വം എന്ന് അദ്ദേഹം പറയണം അല്ലാതെ ഒരാൾ തൊണ്ട പൊട്ടി വന്നു കഴിഞ്ഞാലും അല്ലേ ഒരാൾ ഒരു വിക്ഷക്കാരൻ ഒരമ്മയുടെ എന്തെങ്കിലും ഒന്ന് മേടിച്ചടങ്ങു എന്നൊരു വാശി വന്ന് വിഷക്കാരൻ ഈ അമ്മയാണെങ്കിൽ ജീവിതത്തിൽ ആർക്കും ഒന്നും കൊടുത്തിട്ടുമില്ല അവരങ്ങനെ വ്രതമെടുത്തിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അദ്ദേഹം വന്നു ബെല്ലടിച്ചു അപ്പൊ കഥകൾ തുറന്ന് നോക്കിയ സമയത്തുണ്ട് ഈ വിഷക്കാരൻ ഈ മുറ്റത്തെ ഉണങ്ങിയ പുല്ല് തിന്നണു ഹായ് എന്താ ഇത് കാണിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്മ ഇത് തിന്നാൻ എന്നെ അനുവദിക്കൂ ഞാൻ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ വരൂ വരുവരും മതി മതി അവിടെ കഴിക്കേണ്ട വരും വിറകിലേക്ക് വിളിച്ചു അപ്പോൾ വിചാരിച്ചപ്പോൾ അവ എന്തോ കൊടുക്കാനാണ് തെങ്ങിൻ്റെ വീട്ടിൽ പച്ച പുല്ല് കാണിച്ചു കൊടുത്തിട്ട് പറയാം അതെ കുറേ ആരെയും പുല്ലുവെട്ടുന്ന ആര് വരുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങളെടുത്തോളൂ നോക്കണമേ മനുഷ്യന്മാരിപ്പൊ എന്തൊക്കെയാ കഴിക്കുന്നത് അതും ഒരമ്മയാണ് ഇതും ഇത് ഒരു ശിശുവിന് പോലും ജന്മം കൊടുത്തിട്ടില്ല അപ്പോഴേക്കും മാതൃത്വത്തിന്റെ മഹനീയ ഭാവങ്ങളൊക്കെ പ്രകടമായി തുടങ്ങി പറയാം സർവത്ര സമദർശന എല്ലായിടത്തും ഒന്നുപോലെ കാണുക പറഞ്ഞാൽ എല്ലാറ്റിനെയും ഒരുപോലെ അല്ല എല്ലാറ്റിലും ഉള്ള ഒന്നിനെ കാണാൻ യോഗയുക്താത്മാ യോഗം സ്വാധീനമായിട്ടുള്ള അനായാസേന ആ എന്താ പറയുക സാമ്യാവസ്ഥയെ സാധിതമാക്കാൻ പോകുന്ന മനസ്സിന്റെ ഉടമ അതാണ് യോഗി ആത്മാനം ആത്മാവിനെ തന്നെ സർവഭൂതസ്ഥം എല്ലാ ഭൂതങ്ങളിലും അതുപോലെ സർവഭൂതാനി എല്ലാ ഭൂതങ്ങളും ആത്മനിച്ച ആത്മാവിലിരിക്കുന്നത് തന്നിലിരിക്കുന്നത് തന്നെ എല്ലാറ്റിലും എല്ലാറ്റിലും തന്നെ ഇങ്ങനെ യസ്മിൻ സർവാണി ഭൂതാനി ആത്മനീവാനു പശ്യതി സർവഭൂതേഷുച്ച് ആത്മാനം ഇങ്ങനെ തിരിച്ചും മറിച്ചും ആത്മനീച്ച ഈക്ഷതെ അവൻ കാണുന്നു ഇവിടെ ഈക്ഷതേ എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശ മുച്ചതേ ജലേ വിഷ്ണു ജലത്തിൽ വിഷ്ണു സ്ഥലേ വിഷ്ണു സ്ഥലങ്ങൾ എവിടെ ഭൂമിയിലും എല്ലായിടത്തും വിഷ്ണു വിഷ്ണുരാകാശ മുച്ചതേ സ്ഥാപരം ജംഗമം വിഷ്ണു സ്ഥാപരമായിട്ടും ജംഗമമായിട്ടും ഇളകുന്നതും ഇളകാത്തതും ചലിക്കുന്നതും ചലിക്കാത്തതും എല്ലാം സർവം വിഷ്ണുമയം ജഗത് സർവം വിഷ്ണു മയം ജഗത് എല്ലാം സർവം ഈശാവാസ്യം ഇതം സർവം ആത്മാവാസ്യം ഇതം സർവം സർവം വിഷ്ണു മയം ജഗത് ഇതൊക്കെ ഒരേ കാര്യത്തെ സൂചിപ്പിക്കുന്നതാ ഇതാണ് സ്വഗൃഹത്തിൽ എത്തിച്ചേരൽ എന്താ തന്നെ എല്ലായിടത്തും ഒരുപോലെ കാണുക അല്ല തന്നെ എല്ലാറ്റിലും കാണുക തിരിച്ചും മറച്ചും തന്നെ എല്ലാറ്റിലും എല്ലാറ്റിലും എല്ലാം തന്നിലും ഇതിനെ നമ്മൾ മുൻപ് എന്താ പറയുക മുൻപ് ഉദാഹരണ സഹിതം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇപ്പം നമുക്ക് നമ്മുടെ ചി എന്താ പറയുക ചില്ലറ ചില്ലറ കാര്യങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനെ ഒന്ന് വിപുലമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സത്യം അനുഭവിക്കാം എന്ന് പറയാം തുടർന്ന് ഈ എന്താ പറയുക ഈ ഗീതയുടെ സമീപനം ഈ ശ്ലോകങ്ങളൊക്കെയാണ് അതിനെ എന്താ പറയുക ധരിക്കുന്നത് എന്ന് പറയുന്നത് അതിന്റെ സത്ത ഉൾക്കൊള്ളുന്നു ഭഗവത്ഗീതയുടെ സത്ത ഉൾക്കൊള്ളുന്ന ശ്ലോകമാണ് വരുന്നത് ഇതും വരുന്ന ശ്ലോകം നോക്കാം വ്യോമാ പശ്യത്തിണശ്യോമാ പശ്യതി മയി പശ്യതി തസ് അഹം ന പ്രണശ്യാമി സച്ച നെ ന പ്രണശ്യതി അതായത് മാനവ ബോധത്തിന്റെ ഹിമവ ശൃംഗം എന്നൊക്കെ വിശേഷിപ്പിക്കാന്ന് പറയാം അതിൻ്റെ ഇതിന്റെ മുകളിലേക്ക് ഇനി നമുക്ക് ഉയരാൻ പറ്റില്ല ഇത് ഇതിന്റെ ഏറ്റവും എന്താ പറയുക ഉയർന്ന തലമാണ് ഇതിന്റെ മുകളിലേക്ക് ഇനി ഒരു തലമില്ല ഒടുക്കത്തതാണ് ഇത് അതുകൊണ്ടിങ്ങനെ ഹിമവത് ശൃംഗമെന്ന് വിശേഷിപ്പിക്കാം എന്താണ് യഹ യാതൊരുവൻ സർവത്ര എല്ലായിടത്തും മാം പശ്യതി എന്നെ കാണുന്നുവോ എല്ലായിടത്തും കാണുന്നത് എന്നെ സർവത്ര സർവം മൈ പശ്യതി സർവത്തെയും എന്നിലും കാണുന്നു തസ്യ അവന് അഹം ന പ്രണശ്യാമി അവന് ഞാൻ നശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ എന്നെ അവൻ എന്നെ സദാ കണ്ടുകൊണ്ടിരിക്കണം ഇതിനൊരു പ്രത്യേക കണ്ണട വേണം ഇപ്പോഴുള്ള കണ്ണാടിയുടെ ഗ്ലാസ് ഒക്കെ മാറ്റണം കണ്ണാടി ഇല്ലാത്തവര് പുതിയ കണ്ണാടി വയ്ക്കണം പണ്ടൊരു രാജാവിന്റെ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ രാജാവിന് തലവേദന ശക്തിയായ തലവേദന കൊട്ടാരം വൈദ്യൻ അയൽവക്കത്തെ വൈദ്യൻ അയൽരാജ്യത്തെ വൈദ്യൻ വൈദ്യന്മാരുടെ സമ്മേളനം പക്ഷേ പല ഒറ്റമൂലിയും ഇരട്ടമൂലിയും ഒക്കെ നോക്കി പരാജയപ്പെട്ടു രാജാവിൻ്റെ തലവേദന കൂടിക്കൂടിക്കൂടി വന്നു അധികമായിക്കൊണ്ടിരുന്നു അതിനൊരു കുറവില്ല എന്താ ചെയ്യ അവസാനം മന്ത്രി ആലോചിച്ചു ഇനിയിപ്പെന്താ ഒരു വഴി പല പല എന്താ വിളംബരങ്ങളും നടത്തി രാജാവിന്റെ തലവേദന മാറ്റിക്കഴിഞ്ഞാൽ മകളെ വരെ വേളി കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു മകളും തയ്യാറായി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു എന്നാൽ ശരി നോക്കിക്കളയാമെന്ന് വിചാരിച്ചിട്ട് ആളുകൾ വന്നു പരാജയപ്പെട്ടു അങ്ങനെ ഇരിക്കാ മന്ത്രിക്ക് തോന്നി ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം നമ്മുടെ രാജ്യത്തിൽ രാജ്യാഭിതിയിൽ ഒരു കാട്ടിലൊരു എന്താ ഒരു ജ്ഞാനിയുണ്ട് മഹാത്മാവുണ്ട് അദ്ദേഹത്തിനോട് പോയി ചോദിക്കാം ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പം എപ്പോഴും ഒരിക്കലും അദ്ദേഹം ഒരു പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു പറഞ്ഞു ഇങ്ങനെ രാജാവിന് തലവേദനയാണ് അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അദ്ദേഹം ധ്യാനിച്ചു എന്നിട്ട് പറഞ്ഞു രാജാവ് ണുന്നതൊക്കെ പച്ചയായിട്ട് കാണട്ടെ എന്ന് അയാൾ പോയി പോകുന്ന വഴിക്ക് ഒരു നാലഞ്ച് ലിറ്റർ പച്ച പെയിൻറ്റ് മേടിച്ചു എന്നിട്ട് പരീക്ഷണം എന്ന നിലയ്ക്ക് രാജാവിൻ്റെ അരമന മുറി ആദ്യം ബെഡ്റൂമ് പച്ചയാക്കി പച്ച എന്ന് പറഞ്ഞാൽ പച്ച എന്നിട്ട് മെല്ലെ രാജാവിനെ പച്ചക്കുപ്പായൊക്കെ എടിപ്പിച്ചു കൊണ്ടുവന്നു പച്ച കാർട്ടൺ എല്ലാം പച്ച മയം രാജാവിനെ അതിൻ്റെ ഉള്ളിലാക്കി രാജാവിന് തലവേദന മാറിയെന്ന് പറയാം പൂർണ്ണമായിട്ട് തലവേദന ഒഴിഞ്ഞു ഓ മന്ത്രിക്ക് വളരെ സന്തോഷമായി മന്ത്രി വേഗം പോയി ഡ്രസ് മാറി ഒരു പച്ച ലോഹയൊക്കെ ഇട്ട് വന്നു മഹാരാജൻ ഇപ്പം എങ്ങനെയുണ്ട് തലവേദന പൂർണ്ണമായി എനിക്ക് മാറിയെന്ന് പറയാം പിന്നെ ഒന്നും നോക്കിയില്ല മന്ത്രി ഉടനെ വിജ്ഞാപനം പുറപ്പെടുവിച്ചു എന്ന് പറയാം എല്ലാം ആരെവിടെ എല്ലാം പച്ചയാകട്ടെ പിന്നെ പച്ച രാജാവ് എവിടേക്കൊക്കെ നോക്കുന്നു അതൊക്കെ പച്ചയായിരിക്കും കൊട്ടാരം പച്ചയായി കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലൊരൊറ്റ പൂവല്യ പച്ച മാത്രം രാജാവിനൊരു ഫങ്ഷന് പോണെങ്കിൽ പച്ച ഇരിക്കുക പച്ച പടന്മാര് കാണുന്നതൊക്കെ പച്ച പച്ചക്കിടയിലൂടെയാണ് രാജാവ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് രാജാവിന് തലവേദന അല്ല അങ്ങനെ പോയി പോയി പോയി പോയപ്പോഴാണ് മന്ത്രിക്ക് തലവേദന മന്ത്രിയുടെ തലവേദന എന്താണെന്ന് പറഞ്ഞാൽ ഇനി രാജധാനിയിൽ പച്ച പെയിന്റ് മേടിക്കാൻ കുറച്ചേ ഉള്ളൂ കാശ് ബാക്കിയെല്ലാം ഇതിങ്ങനെ പച്ചയ്ക്ക് വേണ്ടിയിട്ട് പച്ചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കിക്കൊണ്ട് ചെലവാക്കൊണ്ടിരിക്കുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഗജനാവും എത്രയും പെട്ടെന്ന് ശുഷ്കമാകും അത് മുഴുവൻ ജനങ്ങൾക്കും തലവേദനയാവും മന്ത്രി ഓടി ഈ മഹാത്മാവിൻ്റെ അടുത്തേക്ക് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞു അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്താ പ്രതിവിധികളൊക്കെ ചെയ്തത് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു ശരി ഞാനൊന്ന് വന്ന് കാണട്ടെ എന്നായി അങ്ങനെ ഇദ്ദേഹം ഒരു ചുവന്ന വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അവിടേക്ക് കൊട്ടാരത്തിലേക്ക് കയറുന്ന സമയത്ത് തന്നെ തടഞ്ഞു ഇവിടേക്ക് ഇങ്ങനെ കയറാൻ പാടില്ല എന്ന് പറയാം പച്ചപ്പൊതയ്ക്കണമെന്ന് അപ്പോഴേക്ക് മന്ത്രി ഓടി വന്നപ്പോൾ വേഗം മാറ്റിക്കൊടുത്തു രാജാവിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങുന്ന ഈ സന്യാസിക്ക് നേരെ രാജാവ് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു അങ്ങ് വരരുത് അല്ലെ തല വെട്ടിപ്പൊളിക്കുന്നു അങ്ങ് ദയവീത അടുത്ത് വരരുത് അതുകൊണ്ട് മാറി നിൽക്കും മാറി നിൽക്കും അയാളെ പിടിച്ചു മാറ്റാൻ പക്ഷേ ഇദ്ദേഹം വളരെ വേഗത്തിൽ രാജാവിൻ്റെ അടുത്തേക്ക് എത്തി രാജാവിന് ഒരു എന്താ പറയുക തല അങ്ങനെ വെട്ടിപ്പൊളിക്കുക അപ്പം മന്ത്രി ീ എന്താ മഹാത്മാവ് രാജാവിൻ്റെ തോള് തട്ടിക്കൊണ്ട് പറഞ്ഞു അദ്ദേഹം പോക്കറ്റിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു കണ്ണാടി മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉത്സവ പറമ്പിലൊക്കെ ആ സാധനം അങ്ങോട്ട് വെച്ച് ഒരു പച്ച ഗ്ലാസ് ഒരു കണ്ണാട്ടി നോയിക്കോളാൻ പോലെ സമാധാനം ഇത്രേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഒരു പച്ച കണ്ണാടി വെച്ച് നോക്കുന്നതിന് പകരമാണ് ഈ കാണുന്ന കൊട്ടാരവും കൊട്ടാരത്തിന്റെ സമീപത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും പെയിന്റ് അടിക്കാൻ വന്നത് ഇതാ ഇവിടെ നമുക്കൊരു കണ്ണാടി തരുന്നു നല്ല പച്ച കണ്ണാടി എവർ ഗ്രീൻ ഗ്ലാസ് എന്നും നിത്യഹരിതം സൂക്ഷിക്കാൻ പോകുന്ന ഒരു കണ്ണാടി എന്താണത് യോമാം പശ്യതി സർവത്ര മൈ പശ്യതി എന്നെ കാണുക എന്നെ കാണുന്നുണ്ടല്ലോ വലിയ സന്തോഷമായിരിക്കും നമ്മളീ പെയിന്റ് അടിക്കാൻ പോണ്ടെന്ന് പറയാം ഇതൊരു പെയിന്റടിയല്ല ഇത് ഇത് നമ്മുടെ ഉള്ളിൽ ഒരു ശസ്ത്രക്രിയയാണ് എല്ലായിടത്തും എന്നെ കാണുക സർവത്തെയും എന്നിൽ കാണുക അവൻ അവന് ഞാൻ നശിക്കുന്നില്ല ഇത് ഈ ശ്ലോകത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം കവി അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശൻ അദൃശ്യ അദൃശ്യനെങ്കിൽ അതിലെന്താശ്ചര്യം എന്ന് പാടിയത് അപ്പൊ ഈ അനുജന്റെ ആ കണ്ണുണ്ടല്ലോ അനുജൻ എന്നറിയാനുള്ള കണ്ണ് അതിന് മാതൃത്വം എല്ലാറ്റിനോടും മാതൃഭാവം വേണം തസ്യ അഹം ന പ്രണശ്യാമി സച്ച മേ ന പ്രണശ്യതി അവൻ എനിക്കും നശിക്കുന്നവനല്ല ഭഗവാൻ പറയുന്നു അവന് ഞാൻ നശിക്കുന്നില്ല അതുകൊണ്ട് ഈശ്വരൻ മരിച്ചുപോയി എന്ന് പറയുന്നത് ആരാ ഈ കാഴ്ചയില്ലാത്തവനാണ് അതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും മരിക്കാൻ പറ്റില്ലാണെന്ന് പറയാം ആരിലാണ് ഈശ്വരൻ മരിക്കുന്നത് ഇതാ ഇങ്ങനെയുള്ളവനല്ല അല്ലാത്തവനിലോ ഈശ്വരൻ മരിക്കുന്നില്ല സഹ മേ ചമശതി അവൻ എനിക്കും നാശമില്ലാത്തവനാണ് ശ്വരനെ നിലനിർത്തുന്നുവെങ്കിൽ നമ്മിൽ ഈശ്വരൻ നിലനിൽക്കുന്നുവെങ്കിൽ അതിന് അധിഷ്ഠാനമായി വർത്തിക്കുന്ന ദർശനം ഇതാണ് അതുകൊണ്ടാണ് ഇതിനെയാണ് രാമകൃഷ്ണദേവൻ വളരെ ലളിതമായിട്ട് പറഞ്ഞത് ഈശ്വരൻ എല്ലാവരിലുമുണ്ട് എല്ലാവരും ഈശ്വരനിൽ ഇല്ല അതാണ് ദുഃഖത്തിന് കാരണം ഈശ്വരൻ എല്ലാവരിലും പക്ഷേ എല്ലാവരും ഈശ്വരനിൽ അതാണ് കുഴപ്പം എല്ലാവർക്കും ഈശ്വരനിൽ നിന്ന് വേണം ആർക്കും ഈശ്വരനെ വേണ്ട അല്ലെ എല്ലാവർക്കും ഈശ്വരനിൽ നിന്ന് വേണം അദ്ദേഹത്തിൽ നിന്ന് വേണം അദ്ദേഹത്തിന് ആർക്കെങ്കിലും വേണോ വേണ്ട അതുകൊണ്ട് ആരെങ്കിലും അദ്ദേഹത്തെ വേണം അദ്ദേഹം വരാന്ന് പറഞ്ഞാലും വേണ്ട എന്ന് പറയും അതുകൊണ്ടല്ലേ അർജുനനും ദുര്യോധനും തമ്മില് ഈ ഒരു വലിയൊരു കാര്യ അർജുനൻ ചെയ്തത് നിരായുധനാണെങ്കിലും അങ്ങ് വന്നോളാം പറഞ്ഞു അല്ലേ അങ്ങയുടെ സന്നാഹങ്ങൾ അങ്ങയിൽ നിന്നുള്ളതൊക്കെ അവനെടുത്തോട്ടെ എന്ന് പറയാ ഭഗവാനിൽ നിന്നുള്ളതൊക്കെ എടുക്കുന്നത് അസുരന്മാരാണത്ര വ്യോമാം പശ്യതി സർവത്ര സർവം ചൈ പശ്യതി തസ്യഹം ന പ്രണ്യാമി സ ചമേ നണശ്യതി തുടർന്ന് സർവഭൂതസ്ഥിത सयोगी मही यो भजदी अभी सयोगी मही सर्वा, यहा आस्थ യാതൊരാളാണോ സർവഭൂതസ്ഥിതം സകല ഭൂതങ്ങളിലും ഇരിക്കുന്ന മാം എന്നെ ഏകത്വം അസ്ഥിത ഭജതി ഏകത്വത്തിൽ ഭജിക്കുന്നത് ഭജ സേവായ സേവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സേവനം ഇതൊക്കെയാണ് ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതെല്ലാം അതിൽപ്പെടുന്നു സഹ യോഗി അവൻ യോഗിയാണ് സർവത ഏത് പ്രകാരത്തിലും എല്ലാ പ്രകാരത്തിലും സർവപ്രകാരത്തിലും വർത്തമാനഹ അഭി വർത്തമാനഹ എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയുന്നവൻ എന്നല്ല വർത്തിക്കുന്നവൻ ഏതേത് വിഷയങ്ങളിൽ വ്യാപരിക്കുന്നുവോ ആ അവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നവനാണെങ്കിലും അവൻ എവിടെയാണ് വർത്തിക്കുന്നത് നന്നായി മനസ്സിലാക്കേണ്ടതാണ് ഭഗവാൻ പറയുന്നു മൈ ഏവ വർത്തത അവൻ വർത്തിക്കുന്നത് എന്നിലാണ് അപ്പൊ ഭഗവാനിൽ വർത്തിക്കണം എന്നിൽ അവൻ വർത്തിക്ക പറയണോ ഭഗവാൻ യാതൊരുവനാണോ സകല ജീവികളിലും ഇരിക്കുന്ന എന്നെ എല്ലാറ്റിലും ഞാൻ കേന്ദ്രമായി കുടികൊള്ളുന്നു ഈശ്വരൻ എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അതാണേ എല്ലാറ്റിലും കേന്ദ്രമായി ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭരണ ശ്രേഷ്ഠൻ ഈട്ട് ഭരണേ വര ശ്രേഷ്ഠ ശബ്ദം തന്നെ അതാണ് എല്ലാറ്റിനെയും നിലക്കി നിർത്തുന്നവൻ എല്ലാറ്റിനെയും ഭരിക്കുന്നവൻ അങ്ങനെയുള്ള ഞാൻ യഹാ സർവഭൂതസ്ഥിതം മാം അങ്ങനെയുള്ള എന്നെ ഏകത്വം ഒന്നായിട്ട് സമത്വ ബുദ്ധിയോടുകൂടിയിട്ട് സമഭാവനയില് ആസ്ഥിത ഭജതി പ്രാപിച്ചവനായി ആരാണോ ഭജിക്കുന്നത് അപ്പൊ എന്നെ എങ്ങനെ ഭജിക്കണം ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തുവിനെ കൊണ്ടോ ഞാൻ പരിമിതപ്പെടാൻ പാടില്ല ഒരുവന്റെ ഈശ്വര ഭജനത്തിൽ ഒരു പ്രകാരത്തിലും ഭഗവാൻ പരിമിതപ്പെട്ടുകൂടാ എന്ന് പറയാ നമ്മളെ സംബന്ധിച്ച് ഗുരുവായൂർ മാത്രം ഭക്തി ചോറ്റാനിക്കരയിൽ മാത്രം ഭക്തി അവിടെ വിളിച്ചാൽ വിളി കേൾക്കും ഇവിടെയൊന്നും വിളി കേൾക്കില്ല അല്ലേ അങ്ങനെയായിക്കൂടാ എന്ന് പറയാം എല്ലായിടത്തും വിളി കേൾക്കും അത് കാതുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം സഹ അവൻ യോഗി ആണ് സർവതാ വർത്തമാന മൈ വർത്തതേ അവൻ ഏത് പ്രകാരത്തിൽ കർമ്മം ചെയ്യുന്നുവെങ്കിലും അവൻ എന്നിൽ തന്നെ വർത്തിച്ചു എന്ന് പറയാം അവൻ എന്നിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പില്ല ഇതാണ് ഈശ്വരൻ എല്ലാറ്റിലും എല്ലാവരിലും ഉണ്ട് എല്ലാവരും ഈശ്വരനിലില്ല ഈ ഒരു അറിവിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയാം തുടർന്ന് അടുത്ത ശ്ലോകം നോക്കാം നമുക്ക് ആത്മ്യേന ആത്മൌപമ്യ സമം പശ്യതിർുന സുഖം ദുഃഖം സോമോ ഭഗവാൻ പറയണു അർജുന സർവത്ര എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിലും ഒന്നൊഴിയാതെ സർവത്ര സുഖം യതിവാ ദുഃഖം വാ അത് സുഖമാവട്ടെ സുഖം എന്ന് പറയുമ്പോ അനുകൂലങ്ങളായിട്ടുള്ള ഭാവങ്ങൾ ആ അനുകൂല ഭാവങ്ങളിലൂടെ നാം കടന്നു പോകുന്ന സമയത്ത് കടന്നു പോകുന്ന വേളയിൽ ഇനി അതല്ല ദുഃഖം പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഭാവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ് അല്ലാതെ നമ്മൾ വിചാരിക്കരുത് യാത്രയാണെങ്കിൽ ഈ യാത്ര എങ്ങനെ ഇരിക്കും ഒരു സ്ട്രെയിറ്റ് റോഡ ഒരു വളരെ ഒരു ഒരൽപ്പം പോലും വളവും തിരിവും ഇല്ലാത്ത ഒരു ഹൈവേയിലൂടെ നിങ്ങൾ വണ്ടി ഓടിച്ചു നോക്കൂ നിങ്ങൾക്ക് ബോറടിക്കും കുറച്ച് ഡ്രൈവ് ചെയ്യാൻ അറിയുന്നവർക്ക് ഒരു വളവൂലി ഒന്നുമില്ല ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക കയറ്റുമില്ല ഇറക്കൂല്ല ഒന്നുമില്ല ഇങ്ങനെ പോവുക കുറച്ചു ദൂരം നമുക്കതൊരു രസമാണ് പക്ഷെ അത് ഒരു ഒരു മണിക്കൂറിലൊക്കെ കൂടി കഴിഞ്ഞാൽ ബോംബയ്ക്ക് പോകുമ്പം കർണാടക നമ്മുടെ മംഗലാപുരമൊക്കെ കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ഒരു ഏരിയ ഉണ്ട് ആ ബൽഗാമൊക്കെ എത്തുന്നതിന് മുൻപായിട്ട് അത് ഇതുപോലെയാണ് വളരെ സ്ട്രൈറ്റായിട്ടിങ്ങനെ കുറേ ദൂരമുണ്ട് അങ്ങനെ പക്ഷെ അത് കഴിഞ്ഞാൽ കണ്ടാൽ കാട്ട് ചുരമൊക്കെ എത്തുമ്പോഴേക്കോ ഒരുപാട് ഹെയർ പിൻ വളവുകളും തിരിവുകളും ആതും ഇതുമൊക്കെ ആയിട്ട് ഡ്രൈവിങ്ങിന് ഒരു രസമാണെന്ന് പറയാം കുറച്ച് ഹമ്പും കുണ്ടും കുഴിയും അതും ഇതുമൊക്കെ ഇങ്ങനെ തന്നെയാണ് വളവും തിരിവും അങ്ങനെ അങ്ങനെ എല്ലാം ഉണ്ടാവും